ഷയം മുഖ്യമായി രണ്ടു ശ്ലോകം മാത്രസ്തു കൗന്യേയ ശീതോഷസുഖദദുഃഖദാഗമാനോ അനി താൻ തിദിക്ഷസ്വഭാരത യം ഹി ന്യതയന്ത് പുരുഷം പുരുഷർഷഭ സമദുഖസുഖം ധീരം സോമൃതൽപത്തെ രണ്ടുശ്ലോകം രണ്ടിന്റെയും പൊരുൾ ദ്വന്ദ്ങ്ങളെ കടന്നു നിൽക്കാനുള്ള വഴിയാണ് ഭഗവാൻ പറഞ്ഞത് അതിനു മുമ്പുള്ള ശ്ലോകം ദേഹീനോസ്മിൻ യഥാദേഹെ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്ഥത്രനം മുഖ്യം മൂന്ന് ശ്ലോകം ദേഹി അതായത് ജീവന് ദേഹത്തിനോടുള്ള ബന്ധം ല്ല ദേഹത്തിന് അവസ്ഥകളുണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട് കൗമാരം യൗവനം ജര ദേഹം ജനിക്കണു ദേഹം വളരണു ദേഹം ക്ഷയിക്കണു ദേഹം നശിക്കണം പക്ഷേ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഇമാജിൻ ചെയ്യും ഭാവന ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് അഴികൾക്കൊക്കെ ആത്മ സോൾ സെൽഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തോ ഒരു ലൈറ്റ് പോലെ എന്തോ ഉണ്ടോ എന്നൊരു ഭാവനയൊക്കെ തോന്നും ആ ഭാവനയൊക്കെ നീക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് ഞാൻ ദേഹം ദേഹത്തിന്റെ യജമാനനാണ് ദേഹി ഈ വസ്ത്രം എന്റെ വസ്ത്രം പക്ഷെ വസ്ത്രം ഞാനല്ല എനിക്കും വസ്ത്രത്തിനും തമ്മിലുള്ള ബന്ധം ഞാനും എന്റെയും അതുപോലെ എന്റെ പുസ്തകം പക്ഷെ പുസ്തകം ഞാനല്ല അതുപോലെ എന്റെ കൈ കൈ ഞാനാണോ കൈ ഞാനല്ല എന്റെ കാല് പക്ഷെ കാല് ഞാനല്ല കയ്യും കാലും ഒക്കെ മുറിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ ഇല്ലാതാവുമൊന്നുമില്ല കാലും കയ്യുമൊക്കെ ആംബ്യൂട്ടേറ്റ് ചെയ്തെടുത്താൽ അവർക്ക് ഞാൻ എന്നുള്ളത് അല്പം കുറഞ്ഞതായിട്ട് തോന്നുമോ കാല് കുറച്ചു പോയതുകൊണ്ട് ഞാനിന്റെ ഒരു പെർസെന്റ് പോയി തോന്നോ വ്യക്തിബോധത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ എന്നുള്ളത് കാലു പോയാലും കയ്യു പോയാലും നിൽക്കും ീ കാലിനും കൈക്കും ഞാനിനും തമ്മിൽ ബന്ധമില്ല ഞാൻ എന്നുള്ള സ്ഫൂർത്തിക്കും തമ്മിൽ ബന്ധമില്ല ഭാഗവിതത്തിൽ ദക്ഷന്റെ തലയെടുത്ത കഥയുണ്ട് എന്നിട്ട് ആർട്ടിന്റെ തല വെച്ചു കൊടുത്തു ഇനി സയൻസ് ഭാവിയിൽ ചെയ്യും തലയൊക്കെ മാറ്റിവെക്കും എന്നാലും തല പോയാലും ഞാൻ ബാധിക്കപ്പെടില്ല തലയൊക്കെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണെന്നാണ് യോഗികൾ പറയുന്നത് എന്താ അതിന് തെളിവ് എല്ലാരും പറയണത് യോഗാനുഭവം സഹസ്രാരത്തിൽ ഉണ്ടാവും എന്നാണ് മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനി ശക്തി പ്രവഹിച്ച് സഹസ്രാരത്തിലെത്തിയാൽ പൂർണമായി രമണ മഹർഷി ശഠിച്ചു പൂർണമാവില്ലാന്നാണ് സഹസ്രാരത്തിൽ നിന്നും ആ ശക്തി അവസാനം ഹൃദയസ്ഥാനത്തിൽ വന്ന് എന്ന് മഹർഷിയുടെ ഒരു വാദമായിരുന്നു അപ്പൊ കാവ്യകണ്ഠ ഗണപതി മുനി ചോദിച്ചു ഭഗവാനെ യോഗികൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ സഹസ്രാരത്തിലെത്തിയതുകൊണ്ട് പൂർണ്ണവും സഹസ്രാരത്തിലെത്തിയാലും പോരാ ജീവൻ മുക്തന് അത് ഹൃദയത്തിൽ വന്ന് അടങ്ങണം ശിരസ്സാണ് ആത്മസ്ഥാനം എന്ന് വാദിക്കുന്നുണ്ടല്ലോ ചിലര് എന്ന് പറഞ്ഞു കാവ്യകണ്ഠ മുനി അപ്പൊ മഹർഷി മുമ്പിലിരിക്കണം ഒരാളെ കാണിച്ചു കൊടുത്തു മുമ്പിൽ കുറെ പേര് ഇരിക്കണു അതിലൊരാള് ഉറങ്ങി ഇങ്ങനെ വീഴുക തലയിങ്ങനെ തൂങ്ങ അപ്പോ കാവ്യകണ്ഠനോട് പറഞ്ഞു അത് ആത്മസ്ഥാനമാണെങ്കിൽ ഇങ്ങനെ വീഴുവോ അത് ജഡമായതുകൊണ്ടാണ് ഇങ്ങനെ വീണം പിന്നെ കുറച്ചു കഴിഞ്ഞ് ഞെട്ടി എഴുന്നേറ്റോ അയാൾ ഇപ്പൊ എന്തുകൊണ്ട് എഴുന്നേറ്റു ഇവിടുന്ന് എവിടുന്നോ കണക്ഷൻ വീണ്ടും ഉണ്ടായി ഇലക്ട്രിസിറ്റി വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ട് പോയപ്പോ അത് ഉണർന്നു ആ കണക്ഷൻ കട്ടായപ്പോ അതിങ്ങോട്ട് വീണു അപ്പൊ ഹൃദയസ്ഥാനത്തു ഈ ശക്തി ശിരസിലേക്ക് പ്രവഹിക്കുന്നത് ശിരസ് അല്ല സ്ഥാനം ശിരസ് മുറിച്ചു കളഞ്ഞാ പോലും യുദ്ധത്തിലൊക്കെ തല വെട്ടിക്കളഞ്ഞാൽ കബന്ധം കിടന്നു പെടയും തലയില്ലാത്ത ശരീരം കിടന്നു പെടയും അപ്പൊ തല ഞാനല്ല കയ്യേകാല് തല ഒന്നും ഞാനല്ല ഇന്ന് പിന്നെ കാർഡിയ സർജറിയൊക്കെ ചെയ്യുന്നു ഹാർട്ടിനെ കുറച്ചു നേരം നിർത്തിയിട്ട് സർജറി ചെയ്ത ശേഷം ഇളക്കിവിടും ഹാർട്ട് നിന്നപ്പോ ആള് മരിച്ചിട്ട് വീണ്ടും ജീവിച്ചോ ഒന്നുമില്ല ഹാർട്ട് നിന്നപ്പോ അവരോട് ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളോട് ചോദിച്ചാൽ ഉറങ്ങിയ പോലെ ഉണ്ടായിരുന്നു എന്ന് പറയും അത്രയേ ഉള്ളൂ അവര് മരിച്ചിട്ടൊന്നും ജീവിച്ചതല്ല അപ്പോ ഹാർട്ട് നിന്നതുകൊണ്ടും ആള് പോണതൊന്നുമില്ല അപ്പോ ശരീരത്തിൽ ഒരു ഭാഗവും ഞാനല്ല ശരീരം ഞാൻ വസിക്കുന്ന ഒരു വീട് ദേഹം വീട് അതിൽ വസിക്കുന്ന ദേഹി ഞാൻ തൽക്കാലം എങ്ങനെ ഇരിക്കട്ടെ അറിവ് ദേഹത്തിൽ ഇരിക്കണു എന്നാണ് നമ്മുടെ ആദ്യത്തെ അറിവ് ക്ഷേത്രം ശരീരം ക്ഷേത്രജ്ഞൻ ആത്മ ക്ഷേത്രജ്ഞൻ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം കേവലം അവിദ്യാകൽപിതമാണ് അവിദ്യ കൊണ്ടുള്ളതാണ് ക്ഷേത്രത്തിനും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള ബന്ധം ഇത് രണ്ടും വേറെ വേറെ എന്ന് അറിഞ്ഞാൽ തന്നെ ജ്ഞാനം പൂർണ്ണമായി എന്നാണ് ഭഗവാൻ ഇനി പറയാൻ പോണത് ക്ഷേത്ര ക്ഷേത്രജ്ഞയോ ജ്ഞാനം ജ്ഞാനം മതം മമ അപ്പോ ഈ ദേഹത്തിന് ജനനമുണ്ട് വളർച്ചയുണ്ട് മരണമുണ്ട് മരിക്കുമ്പോ മാത്രം പ്രത്യേകിച്ച് എന്തിനു ദുഃഖിക്കണം ഭഗവാൻ ചോദിക്കുന്ന ദാ ഒരു കുട്ടി ജനിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞാലും അതേപോലെ ഇരുന്നാൽ നമുക്ക് സുഖം ഇഷ്ടമാവുമോ പത്ത് വർഷം കഴിഞ്ഞിട്ടും അമ്മയുടെ മടിയിൽ തന്നെ കിടക്കുകയാണെന്ന് വെച്ചാലോ ഇഷ്ടാവില്ല അതിന് കൗമാരം വരണം കൗമാരപ്രായത്തിലെ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും മെന്റലി റിട്ടാർഡ് എന്ന് പറയും യൗവനം വരണം യൗവനം വന്നിട്ട് അമ്പത് വയസ്സിലും യൗവാവായി നടിച്ചാലോ തരം കിട്ടിയ ആളുകൾ തല്ലും അല്ലെ വാർദ്ധക്യം വരണം അപ്പൊ വാർധക്യം വരണം അതേപോലെ ഒരു വലിയ റിലീഫാണ് മരണവും ശരിക്കു പറഞ്ഞാൽ മരിക്കാൻ ആഗ്രഹിക്കും ജീവൻ മരണത്തിനെ മുൻകൂട്ടി ചിന്തിച്ചിട്ടാണ് നമ്മൾ പേടിക്കണത് മരിക്കണ സമയത്ത് ആരും പേടിക്കില്ല മരണത്തിനെ മുൻകൂട്ടി ഭാവന ചെയ്യുമ്പോഴാണ് ഭയം പക്ഷെ മരണം വരണ സമയമാകുമ്പോൾ ഈ ജീവന് ഒന്ന് പോയി കിട്ടിയാൽ വേണ്ടില്ലാന്ന് തോന്നും അതിന് വേണ്ട അപ്പ വേണ്ട അറിവ് ഭഗവാൻ കൊടുക്കും അപ്പൊ ധീരന്മാർ ഈ മരണത്തിനെ കുറിച്ച് പേടിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ ജീവിച്ചിരിക്കുമ്പോ ഉള്ള ദുഃഖമാണ് ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇതൊക്കെ ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു തിദിക്ഷ എന്നൊരു ഗുണം വളർത്തിയെടുക്കണം എന്നാണ് വേദാന്തം മനസ്സിലാവണമെങ്കിൽ ആദ്യം വേണ്ട ക്വാളിറ്റി അത്രയത് സഹനം എന്ന് ജനറൽ ട്രാൻസ്ലേഷൻ പക്ഷെ തിതിക്ഷാ സഹനം പറഞ്ഞാ പോരാ ടോളറൻസ് എന്ന് പറഞ്ഞാൽ പോരാ തിദിക്ഷയ്ക്ക് അർത്ഥം ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുന്നു സഹനം സർവദുഖാനം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം സാ തിദിക്ഷാനിക സർവദുഃഖാനാം എന്തൊക്കെ ദുഃഖം ജീവിതത്തിൽ ഉണ്ടായാലും പ്രതീകാരബുദ്ധിയില്ലാതെ സഹിക്കണം മാത്രമല്ല അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിക്കുകയോ വിലപിക്കുകയോ ചെയ്യാതെ സഹിക്കണോ എന്നാണ് യാതൊരു വിധത്തിലും റിയാക്ഷൻ ഇല്ല ഉള്ളെന്ന് ചിന്താ വിലാപരഹിതം സാത്തിധിക്ഷാനികത തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുള്ള വിചാരമേ ഇല്ല ദുഃഖമേ ഇല്ല വിഷമമേ ഇല്ല സാത്തിധിക്ഷ അതാണ് തിദിക്ഷ സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒക്കെ ഇതിന് ബേസിക് ആയിട്ട് ഒരു അറിവുണ്ടെങ്കിൽ സഹായമായിട്ടായിരിക്കും നമുക്ക് വരുന്ന ദുഃഖങ്ങളൊക്കെ തന്നെ പൂർവകർമ്മത്തിന്റെ പ്രാരബമാണ് എന്നറിഞ്ഞാൽ തന്നെ നമ്മൾ വേറെ ആരെയും അതിനു കുറ്റക്കാരായിട്ട് കാണില്ല നമ്മളുടെ കർമ്മ പ്രാരബ്ധമാണെന്ന് അറിഞ്ഞാൽ തന്നെ മറ്റാരെയും നമ്മൾ കുറ്റം പറയില്ല അയാളെ കാരണം വന്നു ഇയാളെ കാരണം വന്നു എന്ന് പറയേയില്ല രാമായണത്തിൽ നാളെ പട്ടാഭിഷേകം രാമന് അതിനുവേണ്ട ഏർപ്പാടൊക്കെ നടക്കുന്നു അപ്പോഴാണ് പട്ടാഭിഷേക വിഘ്നം ഉണ്ടായത് നമുക്കറിയാം ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ എത്രയധികം റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും വേദന ലക്ഷ്മണൻ ഒരു സാധാരണ മനുഷ്യന്റെ സ്ഥാനത്തിൽ നിന്ന് പറയണു എന്റെ കയ്യിലുള്ള വാള് അലങ്കാരത്തിനല്ല വെച്ചിരിക്കുന്നത് അച്ഛന് ഇപ്പൊ ഞാൻ പിടിച്ചു പൂട്ടിയിടും അച്ഛനായാലും ശരി ഗുരുവായാലും ശരി അവലിപ്ത അതായത് വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞാൽ ബുദ്ധിസ്ഥിരതയില്ലാതെ അയാൾ ശിക്ഷിക്കണം എന്നാണ് കൈകയ്യെ വധിക്കും എന്നൊക്കെ പറഞ്ഞു ലക്ഷ്മണൻ അപ്പൊ ഭഗവാൻ പറയണു ലക്ഷ്മണ ജീവിതത്തിന്റെ ഒരു നിയമം തനിക്ക് ഞാൻ പറഞ്ഞു തരാം ഒരേ പോലെ കുറേ ദിവസം പോകും ചിലപ്പോ സുഖമായിട്ടായിരിക്കും പോണത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ചിലതൊക്കെ സംഭവിക്കും സംഭവിച്ചാൽ നമ്മൾ ആരെങ്കിലും ഒക്കെ കുറ്റം കാണും അതിനെ ഇയാളെ കാരണമാണ് സംഭവിച്ചത് അയാളെ കാരണമാണ് സംഭവിച്ചത് ഏത് അകസ്മാത് പ്രവർത്തത ഏത് പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുവോ അത് നിശ്ചയം പൂർവകർമ്മത്തിന്റെ ഫ്രൂയിഷൻ പിരിയഡ് ആണ് എന്ന് അറിഞ്ഞോളാം പുതിയ ഒരു ജ്യോതിഷികളാണെങ്കിൽ എന്തു പറയും ഈ പുതിയ ദശയിലേക്ക് കടന്നു എന്ന് പറയും ഈ ദശയൊക്കെ ഗ്രഹങ്ങളൊന്നും നമ്മളെ ശിക്ഷിക്കണതല്ല നമ്മളുടെ പ്രാരംഭത്തിനെ അവര് റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കണോ അത്രയേ ഉള്ളൂ ഇന്ന് സയൻസിലും അവര് പറയണം ഈ ഡി എൻ എ സെൽസൊക്കെ നോക്കിയാല് ഇയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോണു എന്ത് വ്യാധി വരും ഫ്യൂച്ചറിൽ എന്നൊക്കെ പ്രഡിക്ട് ചെയ്യാനുള്ള സാധ്യതകൾ അതിലുണ്ട് അത്ര പക്ഷെ അത്ര കണ്ട് നമ്മൾ പുരോഗമിച്ചിട്ടില്ല അപ്പൊ അതിനർത്ഥം എന്താ നമുക്ക് എന്തൊക്കെ അനുഭവിക്കാനുണ്ടോ അതൊന്നും മാറ്റിമറിക്കാൻ പറ്റില്ല ചുരുക്കം അപ്പോ എന്താ വഴി സഹനം സർവദുഖാനം വിലപിക്കാതെ സന്തോഷമായിട്ട് ഏറ്റവും ഉള്ളതാണ് ഏകനാഥസ്വാമികളെ പോലെ ഏകനാഥന്റെ ഒരു ഇൻസിഡന്റ് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ കോപിപ്പിക്കാനായിട്ട് ഒരാള് ഒരാളെ നാട്ടിലെ പിള്ളേരൊക്കെ കൂടെ ഏർപ്പാടാക്കി ഗോദാവരിയിൽ കുളിച്ചിട്ട് വരുമ്പോ ഇയാള് വായില് വെറ്റലയിട്ട് ഏകനാഥന്റെ മുഖത്ത് തുപ്പി തുപ്പിയൊപ്പോ ഏകനാഥൻ വീണ്ടും പോയി കുളിച്ചിട്ട് വന്നു വീണ്ടും തുപ്പി വീണ്ടും കുളിച്ചിട്ട് വന്നു ഇരുപത്തിയേഴ് പ്രാവശ്യം തുപ്പി അത്രയും ഏകനാഥൻ ഇരുപത്തിയേഴ് പ്രാവശ്യം ഗോദാവരിയിൽ പോയി മുങ്ങിയിട്ട് വന്നു അവസാനം ഈ മനുഷ്യന് പശ്ചാത്താപം തോന്നി ഏകനാഥസ്വാമിയുടെ കാലില് വീണ് നമസ്കരിച്ചുകൊണ്ട് കരിഞ്ഞു ഞാൻ എത്ര അപചാരം ചെയ്തു എന്നിട്ടും അങ്ങേക്ക് കോപം വന്നില്ലല്ലോ ദേഷ്യം വന്നില്ലല്ലോ ഏകനാഥൻ പറഞ്ഞു അങ്ങോ വലിയ മഹാത്മാ അങ്ങയുടെ കൃപ കൊണ്ട് എനിക്ക് ഇരുപത്തിയേഴ് പ്രാവശ്യം ഗംഗാസ്നാനം ഉം അവര് ഗോദാവരി സ്നാനം ഗംഗാസ്നാനം എന്നാണ് പറയാ കുളത്തിൽ കുളിയാണെങ്കിലും ഗംഗാസ്നാനം ഗംഗാസ്നാനം കിട്ടി അപ്പൊ ഇയാള് ചോദിച്ചു ഈ ദേഷ്യപ്പെടാതിരിക്കുന്നതിന്റെ സീക്രട്ട് എന്താ രഹസ്യം എന്താ ഏകനാഥൻ പറഞ്ഞത് നീ തുപ്പിയപ്പോ എന്റെ മുഖത്ത് വീണ ചളിയുണ്ടല്ലോ അത് ഞാൻ ഒരിക്കൽ ഗോദാവരിയിൽ പോയി മുങ്ങിയാ പോകും പക്ഷെ തന്നോട് വെറുപ്പ് വന്നാൽ എന്റെ ഉള്ളിൽ വരുന്ന ചളി ഞാൻ എത്ര പ്രാവശ്യം ഗോദാവരിയിൽ മുങ്ങിയാലും പോവില്ല എന്റെ ഉള്ളില് ഞാൻ ബാധിക്കപ്പെടും അതുകൊണ്ട് അപ്പോ പുറമേക്ക് ഇയാള് തുപ്പണതിനെ വേണ്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ പുറമേക്ക് അയാൾ തുപ്പണതിനെ വേണ്ടാന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല അയാള് നമ്മളെക്കാളും കൂടുതൽ ബലവാനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അകമയ്ക്ക് അതിനെ എടുത്തല്പം പോലും വെറുപ്പില്ലാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ യംഹിന വ്യഥയന്തിയേതേ പുരുഷം പുരുഷർഷ സമതു സുഖം തീരം സോമൃതത്വമായ കൽപത്തെ ആരെയാണോ ഈ സുഖം ദുഃഖം ഇതൊന്നും ബാധിക്കാത്തത് ന വ്യഥയന്തി തടസ്സപ്പെടുത്തണില്ല വിഷമിപ്പിക്കണില്ല ഭഗവാൻ രമണ മഹർഷിക്കും ഇതുപോലെ അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം മാമരത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവണ്ണാമല കുറച്ച് തള്ളി അവിടെ ഒരു മാവ് തോപ്പാണ് അവിടെ അദ്ദേഹം താമസിക്കുന്ന കാലത്ത് കുറെ കള്ളന്മാര് മാങ്ങ വലിക്കാൻ വന്നവര് ഇവിടെ ഈ സ്വാമി ഇരിക്കുന്നത് അദ്ദേഹം ഒന്ന് മൗനത്തിലാണ് ആരുടെ അടുത്ത് മിണ്ടണമില്ല ആര് വന്നാലും ശ്രദ്ധിക്കുകയില്ല കണ്ണു തുറന്ന് തന്നെ ഇരിക്കുന്നുണ്ടാവും അപ്പൊ ഇവര് വന്ന് മഹർഷിയോട് കുറെ കയർത്തും അപ്പോഴും അദ്ദേഹം ചലിച്ചില്ല അവസാനം പച്ചമുളക് അരച്ചിട്ട് തല മുതൽ കാല് വരെ തേറ്റു അപ്പോഴും അനങ്ങിയില്ല പിന്നാലെ മഹർഷിയോട് ചോദിച്ചു ഭഗവാനെ എരിഞ്ഞില്ലേ ചോദിച്ചപ്പോ ആദ്യം കുറച്ചൊക്കെ എരിഞ്ഞു പിന്നെ നല്ല തണുപ്പായിരുന്നു പിന്നെ ഏതോ ആയുർവേദ ഗ്രന്ഥത്തിൽ കണ്ടു അത്രയും തോലിന് നല്ലതാണോ ുഖമാവട്ടെ ദുഃഖമാവട്ടെ ഏതവസ്ഥയിലും ചലിക്കണില്ല ആദ്യം ഒരു നേരത്തെ ആഹാരം കഞ്ഞിയായിട്ട് എവിടുന്നെങ്കിലും ഭിക്ഷയായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിച്ച കാലം ഉണ്ടായിരുന്നു ആശ്രമത്തിൽ സുഭിക്ഷമായ ആഹാരം ഉള്ള കാലം ഉണ്ടായിരുന്നു കാലത്തും അദ്ദേഹത്തിന് ഒരുപോലെ തന്നെ അതാണ് ജീവൻമുക്തന്മാരുടെ സ്ഥിതി ഇത് ജീവൻ മുക്തൻ വന്ന് രമണ മഹർഷിക്കോ ബുദ്ധനോ ഒതുക്കി വെക്കാനുള്ളതല്ല ഇതൊക്കെ നമുക്കൊക്കെ പതുക്കെ പതുക്കെ പതുക്കെ ജീവിതത്തില് മനനം ചെയ്തു മനനം ചെയ്തു കൊണ്ടുവരാനുള്ളതാ ഭഗവത്ഗീത പ്രഭാഷണം ഒരു എന്റർടൈൻമെന്റ് ആയാൽ എനിക്കും പ്രയോജനപ്പെടില്ല നിങ്ങൾക്കും പ്രയോജനപ്പെടില്ല രണ്ടുപേർക്കും പ്രയോജനപ്പെടില്ല നമ്മൾ കുറച്ച് കേട്ടു രസിച്ചു പോയി ചിലര് സർട്ടിഫിക്കറ്റ് തന്നിട്ട് പോകും അദ്ദേഹം നന്നായിട്ട് പറഞ്ഞു വന്നു എന്ത് കാര്യം ഒരു പ്രയോജനമില്ല ആർക്കും പ്രയോജനപ്പെടില്ല നമുക്ക് പതുക്കെ മനനം ചെയ്യാം ഈ ഓരോന്നോരോന്നോരോന്നായിട്ടെടുത്ത് മനനം ചെയ്താൽ ഈ ഒരു സ്ഥിതി ഇതിനെ തന്നെ ആ ഭഗവാൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാൻ പോണത് ഒന്നുകൊണ്ടും വ്യഥയില്ല എന്നർത്ഥം ചലിക്കാത്ത സ്ഥിതി സുഖമാവട്ടെ ദുഃഖമാവട്ടെ നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഇതിലൊക്കെ സമദർശിത്വം സഹ അമൃതത്വമായ കൽപ്പത അങ്ങനെയുള്ള ബാലൻസ് ആരുടെ ഉള്ളിൽ വരുണോ അയാൾ പക്വപ്പെട്ട് അമൃതത്വ അമൃതത്വം നേടാനായിട്ട് അമൃതത്വം നേടുക എന്ന് വെച്ചാൽ എന്താ അമൃതത്വം പുറത്തുനിന്ന് എവിടെ നിന്ന് നേടാനുള്ളതല്ല അമൃതമായിട്ടുള്ളത് നമ്മളുടെ സ്വരൂപമാണ് അമൃതാനുഭവം എന്ന് ജ്ഞാനേശ്വരൻ ജ്ഞാനേശ്വരി ഭഗവത്ഗീതാ വ്യാഖ്യാനമുണ്ട് സംസ്കൃതത്തിൽ ശങ്കരാചാര്യരുടെ ഭാഷ്യം എത്ര പ്രബലമോ അതുപോലെ ഏറ്റവുമധികം ഇന്ത്യൻ ലാംഗ്വേജസിലും ഫോറിൻ ലാംഗ്വേജസിലും ട്രാൻസ്ലേഷനുള്ള ഒരു ഗീതാവ്യാഖ്യാനമാണ് ജ്ഞാനേശ്വരന്റെ മഹാരാഷ്ട്ര ഭാഷയിലുള്ള ജ്ഞാനേശ്വരി മലയാളത്തിലുമുണ്ട് അതിന്റെ ട്രാൻസ്ലേഷൻ അതല്ലാതെ ഭഗവത്ഗീതാ ഭാഷ്യമല്ലാതെ അമൃതാനുഭവം എന്ന് പറഞ്ഞ് ജ്ഞാനേശ്വരൻ ഒരു വർക്ക് എഴുതിയിട്ടുണ്ട് മുഴുവൻ ആത്മാനുഭവത്തിനെ കുറിച്ചാണ് അമൃതാനുഭവം എന്ന് വെച്ചാൽ എവിടെയോ ഉള്ള ഒരു വസ്തുവിനെ അനുഭവിക്കലല്ല നമ്മളുടെ സ്വരൂപാനുഭവം യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് ഞാൻ ആരാണ് എന്നുള്ളതിനെ അനുഭവിക്കുന്നത് തന്നെയാണ് അമൃതാനുഭവം സഹ അമൃതത്വമായ കൽപ്പത്തെ എന്ന് പറഞ്ഞു ശരി ഇനി എന്നെ അറിയണം എന്റെ യഥാർത്ഥ സ്വരൂപം അറിയണം അതിന് രണ്ടു പ്രോസസ്സാണ് ഒന്ന് ഞാൻ അല്ലാത്ത വസ്തുക്കളെയൊക്കെ തള്ളി മാറ്റണം രണ്ട് യഥാർത്ഥ ഞാൻ ആരാണോ അതിൽ ശ്രദ്ധ പതിഞ്ഞുകൊണ്ടേയിരിക്കുകയും വേണം ഇത് രണ്ടാണ് അതിനുള്ള വഴി ഞാൻ അല്ലാത്തതിനെയൊക്കെ ഉപേക്ഷിക്കുക യഥാർത്ഥ ഞാൻ എന്തോ അതിനെ വിടാതെ ശ്രദ്ധിക്കുക അപ്പോ ഇത് രണ്ടും പിരിച്ചറിയണം ഞാൻ ആരാണ് ഞാൻ അല്ലാത്ത വസ്തുക്കൾ എന്താ അതിനെ ഭഗവാൻ സത്ത് അസത്ത് എന്ന് വിളിച്ചു സത്ത് ശാശ്വതമായുള്ള വസ്തു അസത്ത് ശാശ്വതമല്ലാത്ത വസ്തു മരിച്ചു കഴിയുമ്പോ അതുകൊണ്ട് നമ്മൾ എന്ത് പറയും സത്ത് പോയി ചത്തുപോയി എന്നല്ല പറയേണ്ടത് മലയാളികൾ തമിഴന്മാരെ കളിയാക്കും സത്ത് പോയി സത്ത് പോയി എന്ന് പറയണമെന്ന് തമിഴും പറയണതാണ് ശരി സത്ത് പോയി എന്നാണ് ചത്തു പോയി അല്ല സത്ത് പോയി ഏത് വാസ്തവത്തിലുള്ള എസൻസോ അത് പോയി ഇപ്പൊ ഉള്ളത് അസത്ത് ശരീരം അപ്പൊ ഈ സത് അസത് വിഭാഗം സത്തിനെയും അസത്തിനെയും കൂടെ പിരിക്കാം അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാനമായ ശ്ലോകം നോക്ക ഞാൻ പറഞ്ഞുതരാം മൂന്ന് പ്രാവശ്യം ചൊറ്റ നാസോ വിദ്യത്തെ ഭാവോ വിദ്യത്തെ സത ഉഭയോരപി ദൃഷ്ടോ ത്നയോ തദർശി നോ വിദ്യാവോ വിദ്യ സത ഉഭയോരപി ദൃഷ്ടോ ത്വയോ തദർശി നോ വിദ്യാവോ വി സത് ഉഭയോട്ടോ ത്നയോ തദർശി न न विद्यते विद्यते अभियादशिगार തത്വദർശികൾ എന്ന് വെച്ചാൽ ആരാണ് ആചാര്യസ്വാമികൾ അതിന് ഭാഷ്യത്തിൽ അർത്ഥം പറയുന്നു തത്വം ദ്രഷ്ടും ശീലം യേഷാം തേ തത്വദർശിന നമുക്കെപ്പോഴും പ്രപഞ്ചം കാണുന്നവരാണ് നമ്മൾ പ്രപഞ്ചദർശികളാണ് ലോകദർശികളാണ് ഭേദദർശികളാണ് എന്നാൽ തത്വദർശികൾ ആരാന്ന് വെച്ചാൽ അവർക്ക് ശീലം തന്നെ തത്വം ദ്രഷ്ടും ശീലം ഏഷാം തേ തത്വദർശിന അവർക്ക് ഭഗവാൻ തത്വം എന്ന് വെച്ചാൽ ഭഗവാൻ അർത്ഥം തത്വം എന്ന് വെച്ചാൽ ആത്മാനർത്ഥം ഭാഗവതത്തിൽ ശ്രീമദ് ഭാഗവതം ആരംഭിക്കുമ്പോ സൂതൻ ആരോടാ പറയണത് ശൗനകാദികളോട് ശൗനകാദികൾ യാഗം കഴിക്കുകയാണ് അവർക്ക് യാഗത്തിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ സ്വർഗായ ലോകായ സ്വർഗത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് യാഗം ചെയ്യണത് അപ്പൊ സൂതമഹാമുനി അവരുടെ ആ ഭാവം അല്പം ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു അവരോട് പറഞ്ഞു മനുഷ്യന്റെ പരമലക്ഷ്യം എന്താന്ന് നിങ്ങൾക്കറിയോ സൂതൻ പറയണത് കാമം എന്നുള്ളതാണ് നടുവിൽ നിൽക്കുന്നത് അത് പുരുഷാർത്ഥമല്ല മനുഷ്യന്റെ ഉള്ളിലുള്ള അവിദ്യ കാമം എന്ന് വെച്ചാൽ ഡിസയർ ആശ ആഗ്രഹം ആഗ്രഹം പുരുഷാർത്ഥമേ അല്ല കാരണം എന്താന്ന് വെച്ചാൽ അതിന് വിധിക്കേണ്ട ആവശ്യമേ ഇല്ല ആരെടുത്തെങ്കിലും പോയിട്ട് നിങ്ങൾ ഇന്ന് മുതൽ ആഗ്രഹിക്കൂ എന്ന് ഉപദേശിക്കണോ നിങ്ങൾ ആഗ്രഹം ഒക്കെ പൂർത്തി ചെയ്തോളൂ എന്ന് ഉപദേശിക്കണോ അതാണോ ലോകം മുഴുവൻ നടക്കണതേ എവിടെ നോക്കിയാലും ഈ കാമസം പൂർത്തിയേ ഉള്ളൂ ആഗ്രഹങ്ങളെ പൂർത്തി ചെയ്യാനുള്ള നെട്ടോട്ടം വട്ടോട്ടമാണോ അതിനുവേണ്ടി നിങ്ങൾ പണം സമ്പാദിക്കൂ എന്ന് ഉപദേശിക്കണോ അതിന് വേദമാണോ ഇത് പറയാനായിട്ട് അതാരും ഉപദേശിച്ചിട്ടില്ലെങ്കിലും പണം സമ്പാദിക്കും അപ്പൊ കാമം അനുഭവിക്കൂ എന്നും പണം സമ്പാദിക്കൂ എന്നും ഒരു ഋഷിയും പറയേണ്ട ആവശ്യമില്ല ആര് പറഞ്ഞിട്ടില്ലെങ്കിലും മനുഷ്യൻ ചെയ്യും അപ്പൊ ഇവിടെ അർത്ഥം കാമം എന്ന് പറഞ്ഞത് എന്താ പിടിച്ചു നിർത്തിയതാണ് ധർമ്മത്തിനെ അതി അധിഷ്ഠാനമായി വെച്ചുകൊണ്ട് ധർമ്മത്തിന്റെ കൺട്രോളോട് കൂടെ അതായത് എല്ലാവരും കാമത്തിനെ പാടെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സാധ്യവുമല്ല വാസന ഉണ്ടല്ലോ ഉള്ളിലും എല്ലാവരും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല പണമേ ഇല്ലാതെ ജീവിക്കണമെന്ന് വെച്ചാൽ സാധ്യമല്ല അത് ഋഷികൾക്കും അറിയാം അപ്പം അവർ തീരുമാനിച്ചു ഇതിനെ ഒരേ അടിക്ക് ലൈസൻസ് ഇല്ലാതെ വിട്ടാൽ മനുഷ്യൻ ഒരിക്കലും ലക്ഷ്യപ്രാപ്തി നേടില്ല അപ്പൊ ധർമ്മം കൊണ്ട് ഇവനെ നിയന്ത്രിച്ച് വാസനകളെ പതുക്കെ ഒഴിച്ചു മാറ്റി തത്വ ജിജ്ഞാസ ഉണ്ടാവണം തത്വത്തിനെ അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടായി തത്വം അറിഞ്ഞാൽ പരമപുരുഷാർത്ഥമായ മോക്ഷം ധർമ്മം അർത്ഥം കാമം ഇത് മൂന്നും ശരിയായ രീതിയിലാണെങ്കിൽ ഈ ജീവന്റെ ചിത്തം ശുദ്ധമാവും നല്ലവണ്ണം നോക്കിക്കോളും ഇവന്റെ ബയോളജിക്കൽ അർജസ് ഭൗതികമായി ശാരീരികമായുള്ള ആഗ്രഹങ്ങൾ ഇത് വലിയ തടസ്സമാണ് ഭർത്തരഹരി പറഞ്ഞു കവികൾ നമ്മളെ കേടുവരുത്തി എന്ന് പറഞ്ഞു കവികൾ എന്താ കേടുവരുത്തിയത് എന്ന് വെച്ചാൽ മൃഗങ്ങൾക്കൊന്നും ഇല്ലാത്ത വിധത്തിൽ മൃഗങ്ങൾ ആരും പാട്ട് എഴുതുകയോ കവിത എഴുതുകയോ ഈ സ്ത്രീ പുരുഷ ബന്ധത്തിനെ കുറിച്ച് നാടകം എഴുതുകയോ ഒന്നും ചെയ്തില്ല അവര് ആ കാലമാവുമ്പോ പുത്രോത്പത്തി ഉണ്ടാവണമെന്നല്ലാതെ അതിൽ കൂടുതൽ അതിനെ പെരുപ്പിച്ചൊന്നുമില്ല പക്ഷെ കവികളും മനുഷ്യന്റെ മനസ്സും ഈ കാമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കൊണ്ട് മനുഷ്യന്റെ മോക്ഷത്തിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടു വല്ലാതെ തടസ്സപ്പെട്ടു അല്ലെങ്കിൽ അതൊരു തടസ്സമേ അതൊരു സാധാരണമായ ഒരു പ്രകൃതിയുടെ ഒരു ഒരു സ്വഭാവം അത്രേ ഉള്ളൂ അത് അതിന്റെ പാട്ടിൽ പോകും പക്ഷെ അതിനെ മനുഷ്യൻ മാത്രം മനസ്സിന്റെ തലത്തിലേക്ക് കൊണ്ടുവന്നു മനസ്സിന്റെ തലത്തിൽ ഭാവനയുടെ തലത്തിലേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് എന്തായി ഇയാൾക്ക് മനസ്സ് പ്രബലപ്പെട്ടു വന്നു അതിനെ നിയന്ത്രിക്കാനായി ഋഷികൾ എന്തു ചെയ്തു ധർമ്മത്തിനെ വെച്ചു ധാർമ്മികമായി ജീവിച്ചാൽ ഒരു ഗൃഹസ്ഥനായിട്ട് ധാർമ്മികമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ശരിയായ രീതിയിൽ തപസോടുകൂടെ ജീവിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ശേഷിച്ച വാസനകളും ആഗ്രഹങ്ങളും ഒക്കെ കെട്ടടങ്ങും കെട്ടടങ്ങിയാൽ ഇതിലൊന്നും കാര്യമായിട്ട് ഒന്നുമില്ലാന്ന് അയാൾ മനസ്സിലാക്കും അയാളായിട്ട് ഭാവന ചെയ്ത് ഒന്നും പെരുപ്പിച്ചിട്ടില്ലെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ അതൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ ഉള്ളിൽ പതുക്കെ ഒരു ചോദ്യം ഉദിക്കും ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്താണ് അതിനാണ് തത്വജിജ്ഞാസ എന്ന് പറയുന്നത് അപ്പൊ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ ബേസിക് ആയിട്ടുള്ളതൊക്കെ കഴിഞ്ഞു ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്താ ഞാൻ എന്തിനു ജീവിക്കണു ജീവിതത്തിന് എന്താ അർത്ഥം എന്തിനു വേണ്ടി ജീവിക്കണു എന്താ ഇതിന്റെ ലക്ഷ്യം എന്നൊരു ചോദ്യം ഉള്ളിൽ ഉദിക്കും തത്വജിജ്ഞാസ ഉണ്ടാവും എന്ന് സൂതൻ പറഞ്ഞു തത്വജിജ്ഞാസ എന്ന് പറഞ്ഞ ഉടനെ ശൗനകാദികൾ ചോദിച്ചു തത്വം എന്ന് വെച്ചാൽ എന്താ തത്വത്തിനെ അറിയാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞോ തത്വം എന്ന് വെച്ചാൽ എന്താ അപ്പൊ സൂതൻ പറഞ്ഞു വദന്തി തത്തത്വവിതാ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ രണ്ട് എന്നുള്ള അനുഭവമില്ലാത്ത ജ്ഞാനമാണ് തത്വം ആ അനുഭൂതി മണ്ഡലത്തിൽ ദ്വൈതസ്പർശമേ ഇല്ല അഖണ്ഡാകാരമായി അനന്ത ആകാശം പോലെ ഉള്ളും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരാനുഭൂതി ആ അനുഭവത്തിനെ ബ്രഹ്മം എന്നും ഭഗവാൻ എന്നും പരമാത്മാവെന്നും ഓരോരുത്തർ പറയുന്നു പേരിലെ വ്യത്യാസമുള്ളൂ അനുഭൂതി എന്താ രണ്ട് എന്നുള്ള അനുഭവമില്ല ജഗത്ത് മുഴുവൻ ഈശ്വരമയം ചൈതന്യമയം ഈ അനുഭൂതി ദശ നേടിയെടുക്കാനുള്ള പരിശ്രമമാണ് തത്വജിജ്ഞാസ അത് നേടിയെടുത്തു കഴിഞ്ഞാൽ അവർ സദാ സകലത്തിനെയും ഭഗവത് സ്വരൂപമായിട്ട് കാണും അതാണ് തത്വദർശികളുടെ സ്ഥിതി തത്വം ദ്രഷ്ടും ശീലം കാഞ്ഞങ്ങാട്ടില് ആനന്ദാശ്രമം അവിടെ സ്വാമി രാമദാസ് ഉണ്ടായിരുന്നു രാമദാസ് സ്വാമികൾ എല്ലാവർക്കും രാമനാമമാണ് അദ്ദേഹത്തിൻ്റെ ടാബ്ലെറ്റ് ഒറ്റ മൂലിക ആരു പോയാലും എന്ത് വിധത്തിലുള്ള സാധകനും അദ്ദേഹം രാമനാമം ഉപദേശിച്ചു കൊടുക്കും ശ്രീറാം ജയറാം ജയ ജയറാം അതാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രം എന്നിട്ട് അദ്ദേഹം പറയും ജഗത്ത് മുഴുവൻ രാമസ്വരൂപം എല്ലാം അങ്ങനെ ധ്യാനം ചെയ്യാം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ് ഇൻക്വസ്റ്റ് ഓഫ് ഗാഡ് ഇൻ ദ വിഷൻ ഓഫ് ഗാഡ് വേൾഡ് ഈസ് ഗാഡ് ഇതൊക്കെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോകുന്ന പല ഭക്തന്മാർക്കും അദ്ദേഹം ഇങ്ങനെ ചുറ്റി നോക്കുന്നവർക്കൊക്കെ ഒരു അത്ഭുതം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം എപ്പോഴും രാമനാമം ഉപദേശിക്കണോ പക്ഷെ ആശ്രമത്തിൽ ഒരിടത്തെങ്കിലും ഒരു രാമന്റെ ഫോട്ടോവോ രാമന്റെ വിഗ്രഹമോ ഒന്നും കാണാനില്ല അപ്പൊ രാംദാസ്വാമിയോട് ചോദിച്ചു നിങ്ങൾ പൂജിക്കുന്ന രാമൻ എവിടെ നിങ്ങൾ എല്ലാവർക്കും രാമനാമം ഉപദേശിച്ചു കൊടുക്കണു നിങ്ങൾ പൂജിക്കുന്ന രാമവിഗ്രഹം എവിടെ രാംദാസ്വാമി പറഞ്ഞു ഞാൻ പൂജിക്കുന്ന രാമവിഗ്രഹമാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതും മുഴുവനും നിങ്ങളൊക്കെ രാമൻ തന്നെ ഇവിടെയുള്ള മരവും ചെടിയും പുല്ലും ആകാശവും ഭൂമിയും ഒക്കെ രാമൻ പ്രത്യേകിച്ചൊരു രാമൻ വേണമെന്നില്ല ഇങ്ങനെ സകലത്തിനെയും രാമനായിട്ട് കാണുക അതാണ് തത്വദർശനം അദ്ദേഹം ഇത്ര ഭക്തൻ വളരെ സാത്വികനായ സന്യാസി ഒരു കാര്യം ചെയ്തു എന്താ ചെയ്തെന്ന് വെച്ചാൽ അവിടെ അനേകം സ്വാമിയർമാർ വരും അങ്ങനെ വന്ന ഒരു സന്യാസി രാംദാസ് സ്വാമിയുടെ ആശ്രമത്തിൽ വന്ന് സ്വാമികൾ എല്ലാ ചെയ്തു കൊടുത്തു ഈ സന്യാസിക്ക് പൂജ ചെയ്യാനും ഒക്കെ അപ്പൊ അദ്ദേഹം എന്തോ ഒരു വിഗ്രഹത്തിനെ വെച്ച് പൂജിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ പൂജയ്ക്ക് രാവിലെ എണീറ്റാൽ അങ്ങനെ ഏർപ്പാട് ചെയ്യണം ഇങ്ങനെ ഏർപ്പാട് ചെയ്യണം ഒരുപാട് ചട്ടം കിട്ടും അതൊക്കെ ആശ്രമത്തിലുള്ളവർ ഭക്തിയോടെ ചെയ്ത് കൊടുക്കും അവിടെ ആ കൃഷ്ണാഭായി മാതാജി ഉണ്ടായിരുന്നു ആ അമ്മ എല്ലാം ചെയ്തു കൊടുക്കും ഭക്തിയോടെ ചെയ്ത് കൊടുക്കും ഇദ്ദേഹത്തിനു ഭയങ്കര കോപമാണ് മൂക്കിലാണ് ശുണ്ഠി വരണവരോടൊക്കെ ശണ്ടയ്ക്ക് നിൽക്കും പൂജ സമയത്ത് അവരെ കാണാൻ പാടില്ല അവരെ കാണാൻ പാടില്ല ഒരുപാട് നിർബന്ധമുണ്ട് അങ്ങനെ അവർ അദ്ദേഹം പൂജ ചെയ്യുമ്പോ ആരോ അറിയാതെ അവിടെ വന്ന് എന്തോ ചെയ്തു ഇദ്ദേഹം കോപം വന്നിട്ട് അയാളെ പൂജ സമയത്ത് എഴുന്നേറ്റ് അടിച്ചു ഈ വാർത്ത രാംദാസ് സ്വാമിയുടെ അടുത്ത് എത്തിയപ്പോ നോക്കണം അതാണ് ജീവൻ മുക്തന്മാർ ഇതല്ലാത്തവർക്ക് ധൈര്യം വരില്ല സ്വാമികൾ നേരെ അവിടുന്ന് വന്ന് ഈ മനുഷ്യന്റെ പൂജാ വിഗ്രഹവും എല്ലാം കൂടെ തുണിയിലെടുത്ത് കെട്ടി അടുത്തുള്ള കെനറ്റിൽ കൊണ്ടുപോയിട്ടു ഇന്നത്തോടെ അവസാനിക്കട്ടെ ഈ പൂജ അങ്ങനെ പൂജയുടെ ഒക്കെ ലക്ഷ്യമെന്താ സകലപ്രാണികളിലും ഭഗവാനുണ്ട് എന്ന് അറിഞ്ഞ് ആരെയും വെറുക്കാതെ ആരെയും ദ്വേഷിക്കാതെ ചണ്ട കൂടാതെ ശാന്തിയോടെ ഇരിക്കാനാണോ പൂജ അല്ലാതെ ഒരിടത്ത് മാത്രം ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെയൊക്കെ ദ്വേഷിക്കുകയും ശണ്ടകൂടുകയും ക്രോധം വയ്ക്കുകയും നിങ്ങൾ ഇത്ര വർഷമായി പൂജ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പൂജ ചെയ്യണതിലുള്ള വിരോധമല്ല കേട്ടോ നല്ലവണ്ണം മനസ്സിലാക്കിയതാണ് പൂജ ചെയ്യണതൊക്കെ നല്ലത് ഞാനും പൂജ ചെയ്യണമുണ്ടോ പക്ഷെ പൂജ എന്തിനാണ് പുംസി അജായാഹ ലയെന്നാണ് പൂജ എന്നുള്ളതിന്റെ ഉത്പത്തി നമ്മളുടെ ഹൃദയത്തിലുള്ള പുരുഷനിൽ ഹജ എന്ന് വെച്ചാൽ മായ അതായത് മനസ്സ് മനസ്സ് ചെന്ന് ലയിക്കണം ആത്മാവിൽ ചെന്ന് ലയിക്കണം അതിനാണ് പൂജാൻ പേര് അപ്പോ തത്വദർശനം എന്ന് വച്ചാൽ സകല സ്ഥലത്തും ബ്രഹ്മദർശനം സർവം ഖലു ഇതം ബ്രഹ്മ എന്ന ദർശനം കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപമായിട്ടുള്ള ദർശനമാണ് തത്വദർശനം ആ തത്വദർശികൾ എങ്ങനെ ജഗത്തിനെ മുഴുവൻ ബ്രഹ്മസ്വരൂപമായി കാണുന്നു അതിന്റെ രഹസ്യം എന്താണ് അതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയണത് നാസത്തോ വിദ്യത്തെ ഭാവോ വിദ്യത്തെ സതഹ അസത്തിന് ഭാവം ഇല്ല സത്തിന് അഭാവം ഇല്ല എന്നാണ് വളരെ ശ്രദ്ധിച്ചാലേ ഈ ശ്ലോകം മനസ്സിലാവും ഇത് നമ്മള് ഗ്രഹിച്ചാൽ വലിയ പ്രയോജനം പിന്നീട് സത്തിന് അഭാവമില്ല അസത്തിന് ഭാവമില്ല സത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഉള്ളത് എന്നർത്ഥം അസത്ത് എന്ന് വെച്ചാലോ ഇല്ലാത്തത് എന്നർത്ഥം ഇതാണ് സത് അസത് വിഭാഗം ഇപ്പോ എന്താണ് സത്ത് എന്താണ് അസത്ത് ആദ്യം കുറച്ച് വേദാന്തപരമായി താത്വികമായിട്ട് പറയാം എന്നിട്ട് അനുഭവ മണ്ഡലത്തിലേക്ക് വരാം താത്വികമായിട്ട് പറഞ്ഞാൽ സത്യ എന്താണ് അസത്യെന്താണ് വെച്ചാൽ ജഗത്ത് മുഴുവൻ ആരാഞ്ഞു നോക്കിയാൽ എല്ലാം മാറിക്കൊണ്ടേയിരിക്കണം അല്ലെ ആലോചിച്ച് നോക്ക എല്ലാം മാറുന്നു സൂര്യചന്ദ്രാദിഗോളങ്ങളും മുതൽ അമീപ വരെ എല്ലാം മാറണു അനുസ്യൂതം മാറിക്കൊണ്ടേയിരിക്കുന്നു പരിണമിച്ചുകൊണ്ടേയിരിക്കണു സത്തിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ ഏതാണോ ഒട്ടും പരിണമിക്കാതെ നിൽക്കുന്നത് അതാണ് സത്ത് എന്ന് പറഞ്ഞത് ഏത് തൃശുഭിഹി അവസ്ഥാഭിഹി നഭിചരത്തി തത് സത്യം മൂന്നവസ്ഥകൾ അതായത് ഭൂതകാലം വർത്തമാന ഭാവികാലം ഭാവി കാലം ഈ മൂന്ന് കാലത്തും പരിണമിക്കാതെ നിൽക്കുന്നത് ഏതോ അത് സത്ത് മണ്ണുകൊണ്ട് കുടം ഉണ്ടാക്കുന്നു ആദ്യം പത്തു കൊടം ഉണ്ടാക്കാനുള്ള മണ്ണുണ്ടായിരുന്നു ആ മണ്ണുകൊണ്ട് പത്തു കൊടം ഉണ്ടാക്കി ഇപ്പൊ മണ്ണുണ്ടോ മണ്ണില്ല പിന്നെ ഉള്ളതെന്താ കൊടം കൊടം തല്ലി പൊട്ടിച്ചു ഇപ്പൊ കൊടം ഉണ്ടോ ഇല്ല പിന്നെ എന്താ ഉള്ളത് മണ്ണ് അപ്പൊ മണ്ണ് കൊടം മണ്ണ് വാസ്തവത്തിൽ മണ്ണ് എപ്പോഴെങ്കിലേ ഇല്ലാതിരുന്നിട്ടുണ്ടോ കൊടമായിട്ടുള്ളപ്പോഴും ഉള്ളത് മണ്ണാണ് തല്ലി പൊട്ടിച്ചപ്പോഴും ഉള്ളത് മണ്ണാണ് മൂന്ന് കാലത്തും മൃത്തികേത്തേവ സത്യം മണ്ണ് മാറണില്ല മണ്ണിന് ഒരു ഷേപ്പ് വന്നു ഉള്ളൂ കുടത്തിന്റെ ഒരു ഷേപ്പ് വന്നു ആ ഷേപ്പ് പോയി ഉം ഇപ്പോ പക്ഷെ ഷേപ്പ് വരുമ്പോ അതിനെ മണ്ണ് എന്ന് പറയണില്ല കൊടംന്ന് പേരും പറയണു ഒരു രൂപം ഒരു പേരോ കൊടുത്തു പക്ഷെ ഒരിക്കലും മാറാത്തതെന്താ കൊടമുണ്ടാവുന്നതിന് മുമ്പും മണ്ണുണ്ടായിരുന്നു കൊടം ഉണ്ടായ ശേഷവും മണ്ണ് ഉണ്ടായിരുന്നു തല്ലി പൊട്ടിച്ചാലും മണ്ണ്ണ്ട് അല്ലേ അതേപോലെ ജഗത്തിലെ സകല പദാർത്ഥങ്ങളും ബോധത്തിൽ നിന്ന് ഉദിക്കുന്നു ബോധത്തിൽ നിന്ന് നാമരൂപങ്ങൾ ഉണ്ടാവുന്നു ബോധത്തിൽ നാമരൂപങ്ങൾ നിൽക്കുന്നു ബോധത്തിൽ നാമരൂപങ്ങൾ ലയിക്കുന്നു ഒരു നാമവും രൂപവുമാണ് പ്രപഞ്ചം നാമവും രൂപവും എടുത്തു കഴിഞ്ഞാൽ ലോകമില്ല ലോകത്തിലെല്ലാം നാമരൂപമയം നാമരൂപം എന്ന് പറയണത് അസത്ത് ാമരൂപത്തിനെടുത്താൽ നമ്മൾ പറയും വസ്തുവേ ഇല്ല എന്ന് പറയും അല്ലെ നാമരൂപം എടുത്താൽ വസ്തുവേ ഇല്ല നാമരൂപത്തിനെ എടുത്തു മാറ്റാതെ അതിന്റെ ഉള്ളിലുള്ള സ്റ്റഫിനെ കാണാൻ പറ്റുപോന്ന് തിരുമൂലർ തിരുമന്തിരത്തിൽ പറഞ്ഞു ഒരച്ഛൻ ഒരു കുട്ടിക്ക് ആന മരം കൊണ്ട് ആനയെ കണ്ടപ്പോൾ കുട്ടിക്ക് വലിയ സന്തോഷമായി കുട്ടി ആനയുടെ മേലെ കയറിയിരുന്നു ആന ആന ആനയെ ഓടിച്ചു കളിക്കുന്നു കുട്ടിക്ക് അത് ആന എന്നേ വിചാരമുള്ളൂ കൊറേ കഴിഞ്ഞപ്പോ ആ വീട്ടിൽ ഒരു മരക്കച്ചവടക്കാരൻ വന്നു അയാൾ നോക്കി ഇത് എന്താ സാധനം നോക്കി നല്ല വീട്ടിയാണല്ലോ ബ്ലേഡ് കൊണ്ട് സ്ക്രാച്ച് ചെയ്തു അയാൾക്ക് ആന എന്നുള്ള വിചാരമേ ഇല്ല അയാൾക്ക് അത് വെറും മരം ഇത് കണ്ട ആ യോഗി പറയാണ് മരത്തിൽ മറൈന്ദത് മാമതൈ ആനൈ മരത്തെ മറിത്തത് മാമതൈ ആന മരത്തിൽ മറൈതത് മാമതൈ ആന പരത്തൈ മറത്തത് പാർമുതർ ഭൂതം പരത്തിൽ മറൈന്ദത് പാർമുതർ ഭൂതമേ മരത്തെ മറൈത്തത് മാമതൈ ആനെ ആന എന്ന് നോക്കിയപ്പോ മതയാന മതാന മതം ഇളകുന്ന ആന ഒരു ആന ആന എന്ന് മരം കണ്ടില്ല അപ്പൊ മരം പറഞ്ഞു പോയി മരം എന്നുള്ള ബുദ്ധിയെ ഇല്ല മരം എന്ന് നോക്കിയപ്പോ മരത്തിൽ മറൈന്ദത് മാമതൈ ആന മരം എന്ന് നോക്കിയപ്പോ ആനയില്ല അതേപോലെ പരത്തൈ മറിത്തത് പാർമുതർഭൂതം പരത്തൈന്ന് വെച്ചാൽ ബ്രഹ്മത്തിനെ ഈശ്വരനെ ഈ പഞ്ചഭൂതമയമായ പ്രപഞ്ചം മറച്ചിരിക്കുന്നു നമുക്കിപ്പോ എന്ത് കാണുന്നു ഈശ്വരൻ കാണുന്നില്ല സ്ത്രീകൾ എന്ന് കാണുന്നു പുരുഷന്മാർന്ന് കാണുന്നു വേണ്ടപ്പെട്ടവരെന്ന് കാണുന്നു വേണ്ടപ്പെടാത്തവരെന്ന് കാണുന്നു എനിക്ക് അറിയണവര് അറിയാത്തവര് അനേക ആരോപണങ്ങളോടുകൂടിയാണ് ഞാനിപ്പോ ലോകത്തിനെ കാണുന്നത് ഒന്നും വാസ്തവത്തിലുള്ള ദർശനമില്ല അപ്പൊ നമ്മൾ നോക്കുമ്പോ പ്രപഞ്ചം നമ്മളുടെ ആരോപണമാണ് കാണുന്നത് ആന ആരോപിച്ച പോലെ ഇപ്പൊ പ്രപഞ്ചത്തിൽ എന്ത് കാണുന്നു ഒരു മരം മരം കണ്ട ഉടനെ ചിത്തവൃത്തിയില്ലാതെ നോക്കാൻ പറ്റുമോ മരത്തില് അതാണ് ശരിയായ ദർശനം ശരിയായ ദർശനം എന്താന്ന് വെച്ചാൽ ഒരു ചിത്തവൃത്തിയും ഇല്ലാതെ ഒരു വൃക്ഷത്തിനെ നോക്കാൻ പറ്റുമോ നോക്കില്ലേ ആദ്യം തന്നെ നമ്മള് തേക്കാണെന്ന് പറയും തേക്കിനൊക്കെ വലിയ വിലയാ അടുത്ത വിചാരം ഇത് മുറിച്ചാൽ നല്ല വില കിട്ടും ടേബിൾ ഉണ്ടാക്കാം ഉടനെ മാനസികമായി ആ തേക്കിനെ ടേബിളും കഥവും കഴിക്കും പട്ടികളെയും പട്ടികയും ഒക്കെ അയക്കഴിഞ്ഞു ഇത്രയും ഇന്റർപ്രട്ടേഷൻസ് ഒരു വസ്തുവിനെ കാണുമ്പോ വരും നോക്കണം ഇത്ര ഇതാണ് കാലുഷ്യം അല്ലാതെ സാധാരണ കാമങ്കൊന്നുമല്ല ഭയങ്കരമായ കണ്ടീഷനിങ് നമ്മളെ പിടിച്ചിരിക്കുക അതുകൊണ്ടാണ് നമുക്ക് ലോകം ഇത്രയധികം നമ്മളെ ദുഃഖിപ്പിക്കണത് ഈ കണ്ടീഷനിങ് ഉള്ളെന്ന് എടുത്തു കളഞ്ഞാൽ ഈ കാണുന്നത് ബ്രഹ്മമയം ഈശ്വര സ്വരൂപം നമ്മൾ കാണുന്ന ലോകത്തിനെ തന്നെയാ ഞാനികളും കാണുന്നത് അവര് പറയണു ഒക്കെ ബ്രഹ്മമയം എന്ന് പറയണു നമ്മൾ പറയണു രാഗദ്വേഷ കലുഷം സംസാര സ്വപ്ന തുല്യോഹി രാഗദ്വേഷാദിസംഖു സ്വകാലേ സത്യവത്ഭാദി മഞ്ഞപ്പിത്തം പിടിച്ച ആൾക്ക് ഒക്കെ മഞ്ഞയായിട്ട് തോന്നും അതുപോലെ പ്രപഞ്ചം ഒക്കെ രാഗദ്വേഷമയം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ കാണുന്നു എന്നാൽ ശരിക്കു ആരാഞ്ഞു നോക്കിയാൽ ഇന്നത്തെ സയൻസ് പറയുന്നു ഇവിടെ മൈക്കില്ല ഇവിടെ ഇലക്ട്രോൺസും ന്യൂട്രോൺസും ഒക്കെ ഉള്ളൂ എന്നാണ് ഇലക്ട്രോൺസും ബ്രോട്രോൺസും ഒക്കെ ആണെന്നൊക്കെ ചുരുക്കി കളയും ഇവിടെ മൈക്ക് ഇല്ല എന്നാണ് പറയണത് നമ്മൾ മൈക്ക് എന്ന് കാണുന്നു അല്ലെ അവര് ഫിസിക്സ് പഠിച്ചവരെടുത്ത് ചോദിച്ചാൽ ഇത് കുറേ വൈബ്രേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു വേദാന്തികൾ പറഞ്ഞു ഇവിടെ ഇലക്ട്രോൺസും ഇല്ല ന്യൂട്രോൺസും ഇല്ല വൈബ്രേഷനും ഇല്ല ഇവിടെ കോൺഷ്യസ്നെസ് മാത്രമേ ഉള്ളൂ ഇവിടെ ചൈതന്യം മാത്രമേ ഉള്ളൂ ചൈതന്യത്തിൽ അനേക ആരോപണങ്ങൾ അത് ആരോപണങ്ങൾ തടിച്ചു പെരുത്തിട്ടാണ് ഇത് ഈ രൂപത്തിൽ വന്നിരിക്കുന്നത് അപ്പോ അസത്ത് സത്ത് അസത്ത് വച്ചാൽ നാമരൂപം എന്നർത്ഥം നാമരൂപം ഉണ്ടാവണു ആഗമാ ആഗമാന അനിത്യാഹ നാമരൂപം ഉണ്ടാവുന്നതിനു മുമ്പ് ഉള്ളത് സത്ത് കയറ് സത്ത് പാമ്പ് അസത്ത് പകുതി വെളിച്ചത്തിൽ കയറിൽ പാമ്പ് കണ്ടു ഇരുട്ടിലും പാമ്പ് കാണില്ല നല്ല വെളിച്ചത്തിലും പാമ്പ് കാണില്ല പകുതി വെളിച്ചം മന്ദാന്തകാരം എന്നാണ് വേദാന്തികൾ പറയുക അതാണ് അരകുറയായിട്ടുള്ള അറിവ് എന്ന് പറയണം അതാണ് ലോകത്തിന് മുഴുവൻ അപകടം പകുതി വെളിച്ചത്തിൽ പാമ്പ് കണ്ടു നെലവിളി കൂട്ടി എന്ന് പറഞ്ഞു മൂർക്കനാണോ എന്ന് പറഞ്ഞു പത്തി എന്ന് പറഞ്ഞു വേണമെങ്കിൽ രണ്ടു മൂന്ന് പത്തി കണ്ടു പറയും ചിലപ്പോ വിഷം പോലും കയറി എന്ന് വരാം വെളിച്ചം അടിച്ചു നോക്കിയാലോ ഒരു തുള്ളി ഒരു കയറ് അല്ലെങ്കിൽ നല്ല പൂമാല കിടക്കണം കയറ് കൂടെ വേണ്ട മണക്കുന്ന പൂമ്പാലയാണ് പാമ്പായിട്ട് കണ്ടത് കയറ് എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്കൊക്കെ വിഷമം ബ്രഹ്മത്തിനെ കയറ് എന്ന് പറയാമോ മലർമാല നാഗമാമോ മലർമാലയെ നാഗമാക്കാൻ പോറ്റോ അത് മലർമാല നല്ല സുഗന്ധപുഷ്പം അപ്പോ അതുപോലെ സത്ത് അസത്ത് ഇത് രണ്ടും കൂടിക്കൊഴഞ്ഞു കിടക്കുകയാണ് ലോകത്തിൽ ഉം ഇതിനെ കൂടിക്കൊഴഞ്ഞാണ് കാണുന്നത് ആനയെ കണ്ടാൽ മരം കാണില്ല മരത്തിനെ കണ്ടാൽ ആനയെ കാണില്ല അന്വേഷിച്ചാൽ മരമേ ഉള്ളൂ എന്ന് കാണുന്ന പോലെ ഈ പ്രപഞ്ചത്തിൽ എന്തിനെ അന്വേഷിച്ചാലും അവസാനം ബോധം മാത്രം അവശേഷിക്കും ചൈതന്യം മാത്രം അവശേഷിക്കും എന്തിനെ അന്വേഷിച്ചു ചെന്നാലും ചൈതന്യമയം ചൈതന്യത്തിൽ നാമരൂപ ആരോപണമാണ് എല്ലാം ഒരേ സ്റ്റഫ് കൊണ്ടാ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നാമവും രൂപവും ആരോപിച്ച് പലതായിട്ട് കാണുന്നു എന്നാണ് ഭാഗവതത്തിൽ ഈ നരകവർണ്ണനയൊക്കെ ചെയ്തിട്ടേ അവസാനം പറഞ്ഞു നരകത്തിന്റെ രൂപത്തിലും സ്വർഗത്തിന്റെ രൂപത്തിലും ജ്യോതിഷ്ചക്രങ്ങൾ എന്താണ് ഈ ഗാലാക്സീസൊക്കെ വർണ്ണിച്ചു ഇതൊക്കെ വർണ്ണിച്ചിട്ട് വ്യാസഭഗവാൻ ഒരു അനുഗ്രഹം ചെയ്തു അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഈ പഞ്ചമസ്കന്ധം പറയാനേ പറ്റില്ല ആത്മതത്വം രമിച്ചുകൊണ്ടിരിക്കുന്നവര് ഈ നരകത്തിനെയും സ്വർഗത്തിനെയും വർണ്ണിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ വ്യാസഭഗവാൻ ഒരു അനുഗ്രഹം ചെയ്തു പഞ്ചമസ്കന്ധത്തിൽ ഇതൊക്കെ വർണ്ണിച്ചിട്ട് പറഞ്ഞു ഈ ഗോളങ്ങളെയൊക്കെ വർണ്ണിച്ചവസാനം പറഞ്ഞു ഈ ഗോളങ്ങളൊക്കെ വിഷ്ണു നരകവും വിഷ്ണു സ്വർഗവും വിഷ്ണു കാണുന്നത് മുഴുവൻ വിഷ്ണുവും വിഷ്ണുവല്ലാതെ ഇവിടെ ഒന്നുമില്ല ഇതൊക്കെ നിഷേധിക്കാൻ വേണ്ടിയാണ് വർണ്ണിച്ചത് അല്ലാതെ വർണ്ണിക്കാൻ വേണ്ടി വർണ്ണിച്ചതല്ല അതൊക്കെ നിഷേധിക്കാൻ വേണ്ടി തന്നെയാ അപ്പോ സത്ത് അസത്ത് ഇനി മാറിക്കൊണ്ടിരിക്കുന്നത് അസത്ത് ജഗത്തിലെല്ലാം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു പരിണാമത്തിനെ കാണണമെങ്കിൽ തന്നെ പരിണമിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടേ പരിണാമത്തിനെ കാണാൻ പറ്റും അല്ലേ നമ്മൾ ട്രെയിനിൽ നിശ്ചലമായിട്ടിരിക്കുമ്പോൾ അടുത്തുള്ള ട്രെയിൻ മൂവ് ആകുമ്പോൾ ഡ്രെയിൻ ആണ് പോണതെന്ന് തോന്നും നമ്മൾ വെറുതെ നിൽക്കുകയാണ് പക്ഷെ നമ്മളുടെ ഡ്രെയിൻ പോണതാണെന്ന് തോന്നും ജഗത്തില് പരിണാമങ്ങളൊക്കെ നമ്മൾ കാണുമ്പോ നമ്മൾ പരിണമിക്കണ പോലെ തോന്നുന്നു പക്ഷെ നമ്മൾ പരിണമിക്കുകയാണെങ്കിൽ ഈ പരിണാമം കാണാനേ പറ്റില്ല പരിണമിക്കാത്ത ഒരു വസ്തു ആണ് ഞാൻ അതുകൊണ്ടാണ് ഈ പരിണാമം ഒക്കെ കാണപ്പെടുന്നത് സ്ക്രീനും സിനിമയും പോലെ ഫിലിമിന്റെ കൂടെ സ്ക്രീൻ ഓടാൻ തുടങ്ങിയ സിനിമ കാണാൻ പറ്റില്ല സ്ക്രീൻ ഓടാതെ നിക്കുന്നതുകൊണ്ടാണ് സിനിമ കാണപ്പെടുന്നത് സ്ക്രീൻ സത്ത് സിനിമ അസത്വം സിനിമയിൽ പലതും കാണും സുഖം വരും ദുഃഖം വരും കല്യാണം വരും മരണം വരും തീ പിടിക്കും പക്ഷെ ഒന്നും കൊണ്ട് ബാധിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് സിനിമ കണ്ടിട്ട് ബാധിക്കപ്പെടുന്നില്ല സിനിമ അസത്താണെന്ന് അറിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് അസത്താണെന്ന് അറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഇല്ല രണ്ടര മണിക്കൂർ കഴിഞ്ഞാലും ഇല്ല മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് അത്രയേ ഉള്ളൂ ഗൗഡപദാചാര്യർ പറഞ്ഞു ഏതാ അസത്ത് എന്ന് വെച്ചാൽ ആദൌ അന്തേജ യത് നാസ്തി ആദിയിലും അന്തത്തിലും എതില്ലയോ അത് മധ്യത്തിൽ ഉള്ള പോലെ തോന്നിയാലും വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ഇതാണ് നിയമം ഓർമ്മിച്ചോളു അസത്തിന്റെ ഡെഫിനിഷൻ എന്താന്ന് വെച്ചാൽ അസത്ത് എന്ന് വെച്ചാൽ അത്യന്ത അഭാവമല്ല മൊയലിന്റെ കൊമ്പ് പോലെയല്ല അസത്ത് മൊയലിന്റെ കൊമ്പ് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലേ മൊയലിന്റെ കൊമ്പ് പോലെ ഒരു സാധനത്തിനെയല്ല ഇവിടെ പറഞ്ഞത് കാണും മരുഭൂമിയിൽ വെള്ളം പോലെ ഒരുപാട് ദാഹിച്ചിട്ട് മരുഭൂമിയിൽ നടക്കുകയാണ് നോക്കുമ്പോ ദൂരത്തതാ നദി ഒഴുകണു നല്ല തെളിഞ്ഞ വെള്ളം നമ്മൾ ഇവിടുന്ന് ഒരു ബക്കറ്റും എടുത്തോണ്ട് ഓടിയ ഓടിയ സ്ഥലത്ത് വെള്ളം കാണും നമ്മൾ ഓടുന്ന സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടേ ഇരിക്കാം വെള്ളം കാണില്ല അതിനാണ് മരുമരീച്ചിക്കും പറയാം നിരാശ് മരുഭൂമിയിൽ വരുന്ന മരുമരീച്ചിക്ക അത് വാസ്തവമല്ല വെള്ളം പോലെ തോന്നും പക്ഷെ ഉള്ള പോലെ തോന്നും കണ്ടിട്ട് വന്ന് ഇല്ല എന്ന് അറിഞ്ഞിട്ട് തിരിച്ചു വന്നാലും പിന്നെയും തോന്നും പക്ഷെ കാണുന്ന ആൾക്ക് നല്ല വെള്ളം അറിയാതെ ഇല്ല എന്നറിയാം പിന്നീട് കണ്ടാലും ഇന്ദ്രിയങ്ങൾ പറ്റിക്കുകയാണ് ഇല്ലാന്നറിയാം അത് അസത്ത് അപ്പോ അസത്ത് എന്ന് വെച്ചാൽ ആദിയിൽ ഇല്ല അവസാനത്തും ഇല്ല മദ്യത്തിൽ കാണുന്നു മദ്യത്തിൽ അതിനെ ആസ്വദിച്ചാൽ പോലും അത് ഇല്ലാത്തതാണെന്ന് അറിഞ്ഞാൽ ബാധിക്കപ്പെടില്ല ചിലർക്ക് സിനിമ കാണാൻ പോവും പ്രത്യേകിച്ച് കുറെ വർഷങ്ങൾ എന്റെ കുട്ടിക്കാലത്ത് വരുണ മലയാളം സിനിമകളും ഒക്കെ കരച്ചലായിരിക്കും ഓർമ്മയുണ്ടാവും ആളുകൾ വീട്ടില് ടെൻഷനാണ് തലവേദനയാണെന്ന് പറഞ്ഞ് സിനിമ കാണാൻ പോകും വരുമ്പോ കരഞ്ഞുകൊണ്ടേ വരും എന്നിട്ട് തമാശ എന്താന്ന് വെച്ചാൽ അടുത്ത ദിവസം പിന്നെയും പോവും കരയാൻ വേണ്ടി ആളുകൾ പോകുമോ എന്ന് വെച്ചാൽ അതിനൊരു രസം അവർക്ക് ആ കരച്ചിലും വാസ്തവമല്ല അവിടെ കാണിക്കണതും വാസ്തവമല്ല എന്ന് അറിയണത് ആ ദുഃഖം കൊണ്ട് പോലും ബാധിക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പോണത് ചിലർക്ക് ദുഃഖിക്കാൻ ഇഷ്ടമാണേ അതുകൊണ്ടാണ് നമ്മൾ സംസാരത്തിലും വന്ന് ദുഃഖിക്കണത് അതുകൊണ്ട് ഈ ആളുകൾ ദുഃഖത്തിനെ കുറിച്ച് കംപ്ലയിന്റ് പറഞ്ഞാൽ എനിക്ക് വിഷമമേ തോന്നില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ സർവേശ്വരൻ ആ വേഷം കെട്ടി ദുഃഖിതനെ പോലെ നടിച്ചിട്ടാണ് നമ്മളുടെ മുമ്പിൽ വന്ന് നമ്മളെ പറ്റിക്കാൻ എനിക്ക് ജീവിതത്തിൽ വലിയ ദുഃഖം എനിക്ക് വിഷമം അതിനെന്താ പരിഹാരം എന്നൊക്കെ ചോദിക്കണത് അവര് ദുഃഖം എന്നുള്ള നാടകം നടിക്കാനായി കൽപ്പിച്ചുകൂട്ടി വന്നിരിക്കുക അല്ലെങ്കിൽ ദുഃഖമൊന്നും വരില്ല ആ ദുഃഖത്തിന്റെ ഉള്ളിൽ ആ അന്തരാത്മാ ഏതോ ഒരു സുഖം കണ്ടെത്തണത് കൊണ്ടാണ് ദുഃഖിക്കുന്നത് അല്ലെങ്കിൽ ദുഃഖിക്കൊന്നുമില്ല ചിലരെയൊക്കെ നമ്മൾ ദുഃഖത്തിന് പരിഹാരം പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യില്ല എന്താ അറിയോ അവർക്ക് ദുഃഖിച്ച് ദുഃഖിച്ച് അതിലിരിക്കാനാണ് ഇഷ്ടം അത് അതൊക്കെ ദുഃഖേ പ്രപഞ്ച രഹസ്യങ്ങളാണ് അപ്പോ അസത് സിനിമയില് നമ്മൾ എങ്ങനെ അസത് ബുദ്ധി വെക്കണമോ അതുപോലെ നമ്മളുടെ ജീവിതവും നമ്മൾ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇനി ഇല്ലാതാവാമുള്ള ഒരു കാലമുണ്ട് നടുവിൽ കാണുന്നതാണ് ഈ ശരീരവും മനസ്സും ബുദ്ധിയും ഭാര്യയും കുട്ടികളും കുടുംബവും ഒക്കെ അല്ലേ ഇത് ശാശ്വതമല്ല നല്ലവണ്ണം അറിയാം ഈ വസ്തുവിനെ അസത്ത് എന്ന് ഗണിച്ചോളു എന്നാണ് അപ്പൊ എന്താവും എന്ന് ഉണ്ണണ്ട ഉറങ്ങണ്ട എന്നല്ല എല്ലാം ചെയ്തോളൂ കൃഷ്ണൻ ഇരുന്ന പോലെ കൃഷ്ണൻ എന്താ ചെയ്യാത്തത് അല്ലെ യുദ്ധം ചെയ്തു കളിച്ചു ആടി പാടി രസിച്ചു പക്ഷെ നല്ലവണ്ണം അറിയാമായിരുന്നു വാസ്തവമല്ല വാസ്തവമല്ല എന്ന് അറിയണത് കൊണ്ട് എന്താ ഗുണം അറ്റാച്ച്ഡ് ആവുകയില്ല അസത്താണെന്ന് അറിഞ്ഞാൽ ബന്ധപ്പെടില്ല അസത്താണെന്ന് അറിഞ്ഞാൽ അതിന് ഉള്ളുകൊണ്ടൊട്ടില്ല പക്ഷെ എങ്ങനെ വേണമെങ്കിൽ സിനിമ കണ്ടിട്ട് കരയണ പോലെ കരഞ്ഞിട്ടൊക്കെ വരും പക്ഷെ ഉള്ളുകൊണ്ട് അറിയാം അത് വാസ്തവമല്ല നല്ലവണ്ണം അറിയാം ആ അറിവ് മതി ആ അറിവിന്റെ ബലം മതി നമുക്ക് രക്ഷപ്പെടാൻ അപ്പൊ അസത്തിന് ഒരു ആരംഭമുണ്ട് അസത്തിനൊരവസാനമുണ്ട് പ്രതീതിയാണ് അസത്ത് അസത് എന്ന് പറഞ്ഞത് അനുഭവമല്ല പ്രതീതിയാണ് ജീവിതം മുഴുവൻ ഈ അസത്തിന്റെ പ്രവാഹമാണ് ചിലപ്പോൾ നമുക്ക് വല്ലാതെ ടെൻഷൻ വരും ടെൻഷൻ വരുമ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി ടെൻഷൻ ഇല്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഒരിക്കലും ടെൻഷൻ വന്നിട്ടുണ്ട് ഇതേപോലെ കുറച്ചുനേരം വിരുന്നിട്ട് പോയിട്ടുണ്ട് ഒരു വികാരവും ശാശ്വതമായി നിന്നിട്ടില്ല അപ്പൊ ഇതും കുറച്ചുനേരം ഉണ്ടാവും പോകും അത് അസത്താണ് ടെൻഷൻ അസത്താണ് എന്നുള്ള പെർസെപ്ഷൻ ഉണ്ടായാൽ ദർശനം ഉണ്ടായാൽ തന്നെ അതിന്റെ ബലം കുറയും അത് വാസ്തവം എന്ന് കരുതുമ്പോഴാണ് ഭയം ഭയം ഉണ്ടാവണത് നിങ്ങളിപ്പോ പാലക്കാട്ടിലെ ഒരു സപ്താഹം നടക്കുമ്പോ നരസിംഹാവതാരത്തിന് നരസിംഹത്തിന്റെ വേഷം കെട്ടി ഒരാള് അയാള് വേഷം കെട്ടാൻ പോണു എന്ന് വളരെ കുറച്ചു പേർക്കേ അറിയുള്ളൂ ബാക്കി ഭാഗവതം കേൾക്കാനിരിക്കുന്ന ആളുകൾക്കൊന്നും അറിയില്ല വളരെ കുറച്ചു പേർക്കേ അദ്ദേഹം വേഷം കെട്ടാൻ പോണെന്നുള്ളു ഗംഭീരമായിട്ട് വേഷം കെട്ടി എന്നിട്ട് ശരിക്കും നരസിംഹാവതാരം നടക്കുന്ന സമയത്ത് ഓഡിയൻസിന്റെ നടുവിലേക്ക് ചാടി ഉള്ളവരൊക്കെ വരണ്ടുപോയി ശരിക്കും വന്നു വിചാരിച്ചു പേടിച്ചു പോയി നെലവിളിച്ചു ചിലര് ഭക്തി കൊണ്ട് കരഞ്ഞു നമസ്കരിച്ചു ഒക്കെ ചെയ്തു ഇതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ കുട്ടി വേഷം കെട്ടണമൊക്കെ കണ്ടിട്ടെ പോയി അച്ഛൻ അടുത്ത് പോയിരുന്നു മടിയില് യാതൊരു വിഷമില്ലാതെ മടിയിൽ പോയിരുന്നു കുട്ടി എന്താ ഇത് അസത്താണ് അറിഞ്ഞതുകൊണ്ട് അതിന്റെ ഭയങ്കരതയൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും പേടിക്കണില്ല ഉള്ളിലുള്ള ആളെ കണ്ടപ്പോ വിഷമല്ല അപ്പൊ അസത്തിനെ സത്ത് എന്ന് കരുതിയാൽ ദുഃഖം അസത്തിനെ അസത്ത് എന്ന് അറിയണം അസത്ത് നാമരൂപം നെയ്മൻ ഫാം പ്രപഞ്ചം എന്ന് വെച്ചാൽ എന്താ അസ്ഥിഭാതി പ്രിയം നാമരൂപം ചേത്തി അംശ പഞ്ചകം ഉള്ളത് അതറിയപ്പെടുന്നു അവിടെ സ്നേഹം അതായത് ആനന്ദം സുഖമുണ്ട് പിന്നെയോ നാമവും രൂപവും ഈ നാമരൂപത്തിനെ വെച്ചുകൊണ്ടാണ് വേർതിരിക്കണത് ഇത് നല്ലത് ഇത് ചീത്ത എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല ഒക്കെ ഈ നാമരൂപത്തിനെ വെച്ചുകൊണ്ടാണ് നാമരൂപത്തിന് എടുത്തു മാറ്റിയ എല്ലാ ഒന്നും അല്ലേ സ്വർണം കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരുമ്പോ ഈ പാറ്റേൺ വേണം ആ പാറ്റേൺ വേണം കടകടയായിട്ട് കയറി ഇറങ്ങും ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരും സങ്കടം വരും എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണിലുള്ള മാലയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു വീട്ടിൽ വന്ന അലമാറ തുറന്നു പെട്ടിയില് ഇഷ്ടപ്പെട്ട പാറ്റേൺ മാലകളൊക്കെ വെച്ചു ഇഷ്ടപ്പെടാത്തതും പൊട്ടിയതും പൊടിഞ്ഞതും ഒക്കെ നാളെ നാട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് കാണിച്ചു കൊടുക്കണം അപ്പൊ ഈ പഴയതൊന്നും കാണാൻ പാടില്ല അതൊക്കെ വേറെ പെട്ടിയിലും വാങ്ങി വെച്ചു പുതിയ പാറ്റേൺ മാലകളൊക്കെ ഒരു പെട്ടിയിലും പഴയ പാറ്റേണൊക്കെ വേറെ ഒരു പെട്ടിയിലും വെച്ചു രാത്രി കള്ളം വന്ന് അലമാറ തുറഞ്ഞ പുതിയ പാറ്റേൺ പെട്ടിയും പഴയ പാറ്റേൺ പെട്ടിയൊക്കെ തുറന്ന ഇത് പഴയ പാറ്റേൺ വേണ്ട എനിക്ക് പുതിയ പാറ്റേൺ മതി എന്ന് കള്ളം പറയുവോ കള്ളന് പഴയ പാറ്റേണും പുതിയ പാറ്റേണും പൊട്ടിപ്പോയ മാലയും നല്ല മാലയും ഒക്കെ ഒന്നാണ് കാരണം എന്താ കള്ളൻ പാറ്റേണും നാമവും രൂപവും വളയും മാലയും ഒന്നും നോക്കില്ല അയാൾ ഒന്നേ നോക്കുള്ളൂ സ്വർണം അതിന്റെ ബേസിക് സ്റ്റഫ് അല്ലേ കനകൈക മഹാബുദ്ധിഹി എന്നാണ് ആചാര്യസ്വാമികൾ കനകത്തിൽ മാത്രം ദൃഷ്ടി അല്ലാതെ കടക മുക്കുട്ടാദികളിലൊന്നും ദൃഷ്ടിയില്ല ജ്ഞാനികളുടെ ദൃഷ്ടി ഇതുപോലെയാണ് അവർ ഈ നാമത്തിനെയും രൂപത്തിനെയൊന്നും നോക്കില്ല അത് സ്ത്രീ ആയിരിക്കട്ടെ പുരുഷനായിരിക്കട്ടെ നല്ല ആളായിരിക്കട്ടെ ചീത്ത ആളായിരിക്കട്ടെ അവർക്ക് അതിൻ്റെ ഉള്ളിലുള്ള വസ്തു എന്താണെന്ന് മാത്രം ഒരു എക്സ് റേ വിഷൻ എല്ലാറ്റിന്റെ ഉള്ളിലും ഉള്ളത് ഒരേ ആത്മ അത് സദ്ദർശനം അതാണ് സത്തിനെ ദർശിക്കൽ ശരീരത്തിനെ നോക്കുന്നത് അസദ്ദർശനം മാറിക്കൊണ്ടേയിരിക്കും മാറിക്കൊണ്ടേയിരിക്കും ശരീരത്തിനെ നോക്കിയിട്ടാണ് ആളുകളെ വേർതിരിക്കണതെങ്കിൽ രാഗദ്വേഷം വരും മനസ്സിനെ നോക്കിയിട്ടാണ് ആളുകളെ വേർതിരിക്കണതെങ്കിൽ അത്യന്തം വിഷമിക്കും രാഗദ്വേഷം ഉണ്ടാവും ആത്മാവിനെ നോക്കിയാണെങ്കിൽ ആരെയും വെറുക്കാനുമില്ല ആരോടും ആസക്തി വയ്ക്കാനുമില്ല അപ്പൊ സത്ത് അസത്ത് ഇനി അവിടെ നിൽക്കട്ടെ എത്രയും നേരം പറഞ്ഞതൊക്കെ വിട്ടുകളയാം മറന്നുകളയാം ഇനി നമ്മളിലേക്ക് വരാം ഈ സത്തിനെയും അസത്തിനെയും എന്നിൽ കാണിച്ചു തരാം എന്നിൽ വെച്ചാൽ നിങ്ങളിൽ ഓരോരുത്തരിലും നമ്മൾ ദിവസം പറയണ പ്രോസസ് തന്നെ കാണിച്ചു തരാം അസത് എന്ന് വെച്ചാൽ എന്താണോ സത്ത് എന്ന് വെച്ചാൽ എന്താ നമ്മൾ എന്താ ലക്ഷണം കൊടുത്തത് മാറിക്കൊണ്ടേയിരിക്കണത് അസത്ത് മാറാതെ നിൽക്കുന്നത് സത്ത് അതല്ലേ ഡെഫനീഷൻ മാറിക്കൊണ്ടേയിരിക്കണത് എല്ലാം അസത്ത് മാറാതെ ഇരിക്കുന്നത് സത്ത് നമുക്ക് മൂന്ന് ശരീരമുണ്ട് ഏഹ് നമ്മൾ ഒരു ശരീരമല്ലേ കണ്ടിട്ടുള്ളൂ മൂന്ന് ശരീരമുണ്ട് സ്ഥൂല ശരീരം അതായത് ഈ കാണുന്ന ശരീരം സൂക്ഷ്മ ശരീരം നമ്മളുടെ മനസ് സ്വപ്നത്തിൽ കാണുന്നില്ലേ അതാണ് സൂക്ഷ്മ ശരീരം അനേക വിചാരങ്ങളും ദർശനങ്ങളും ആഗ്രഹങ്ങളുടെ ഒഴുക്ക് അത് സൂക്ഷ്മ പിന്നെ സുഷുക്തി അവസ്ഥയിൽ സ്വപ്നം പോലും കാണാതെ ഉറങ്ങുമ്പോ ഒരാണം തോന്നുന്നു നമുക്കൊന്നും അറിഞ്ഞില്ല പക്ഷെ സുഖമായി ഉറങ്ങി എന്ന് പറയണു അത് കാരണശരീരം കാരണശരീരം എന്ന് അതിനെ പറയാൻ കാരണം അതിലാണ് നമ്മളുടെ ജീവിതത്തിന്റെ സകല രഹസ്യങ്ങൾ അടങ്ങി കിടക്കുന്നത് അതിലെല്ലാം ചെന്ന് ലയിക്കുന്നു നമ്മള് ജാഗ്രത അവസ്ഥയിൽ ആരെയോ ചീത്ത വിളിക്കണം ആരെയോ കണ്ടെന്തോ ഒരു വികാരം നമുക്കുണ്ടായി വെറുപ്പുണ്ടായി അല്ലെങ്കിൽ ആസക്തി ഉണ്ടായി ഇതൊക്കെ ആ സമയത്ത് നമ്മൾ വിചാരിക്കണം ഇതൊക്കെ വളരെ കാഷ്വൽ അല്ലേ ഇതൊക്കെ എവിടെ നമ്മളെ ബാധിക്കാൻ പോകണം ഒന്നും ബാധിക്കണതായിട്ടേ കാണില്ല നമ്മള് ഇതൊക്കെ നേരെ ഈ കാരണ പോകും എന്നിട്ട് യോഗികൾ പറയണത് പലചരക്ക് കച്ചവടക്കാരൻ രാത്രിയായ കട പലകയിട്ട് പൂട്ടും അല്ലെ പഴയകാലത്ത് ഈ പലകകളൊക്കെ അടുക്കി അടുക്കി വെച്ച് പൂട്ടും ഷട്ടറൊന്നും ഇല്ലല്ലോ പൂട്ടിയ ശേഷം കടയുടെ ഉള്ളിലിരുന്നിട്ട് അന്ന് കിട്ടിയ പൈസയൊക്കെ എടുക്കും എന്നിട്ട് പത്ത് പൈസയൊക്കെ ഒരു പെട്ടിയില് ഇരുപത്തിയഞ്ച് പൈസയൊക്കെ ഒരു പെട്ടിയില് അമ്പത് പൈസ ഒരു പെട്ടിയില് ഒരു ഉറുപ്പ്യ ഒരു പെട്ടിയില് പത്ത് റുപ്യ നൂറ് റുപ്യ അമ്പത് റുപ്യ എല്ലാം കെട്ട് കെട്ട് കെട്ടായിട്ട് വേറെ വേറെ അടുക്കി അതാത് ഇടത്തിൽ വെക്കും എന്നിട്ട് അടുത്ത ദിവസം ഷട്ടർ തുറന്നാൽ പത്ത് വയസ്സാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈയിട്ട് ഒരിടത്തുനിന്ന് എടുക്കും അമ്പത് വയസ്സാന്ന് വെച്ചാൽ എല്ലാത്തിനും സമയമുണ്ട് എല്ലാത്തിനും സ്ഥലമുണ്ട് അല്ലേ ഇതുപോലെ ഓരോ ദിവസവും ചെയ്യുന്ന ഈ ഇമോഷൻസ് ഓരോന്നായി ഉള്ളിൽ പോയി വരും ഓരോ ദിവസം രാത്രി ഉറങ്ങുമ്പോഴും അതാതിൻ്റെ അധിഷ്ഠാന ദേവതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ജീവശക്തി തന്നെ ഈ വാസനകളെയൊക്കെ ഒരു പ്രത്യേക ഓർഡറിൽ ഉള്ളിൽ അടുക്കി വയ്ക്കും അത്ര കാരണശരീരത്തില് എന്നിട്ട് അടുത്ത ജന്മത്തിൽ ഏതേത് സമയത്തിൽ വേണോ അതാത് സമയത്തിൽ അത് പ്രൊവിഷൻ അതിങ്ങനെ പൊന്തി പൊന്തി പൊന്തി പൊന്തി ആദ്യം സൂക്ഷ്മ ശരീരത്തിൽ അപ്പിയറാവും ആഗ്രഹങ്ങളുടെ രൂപത്തിൽ പിന്നെ സ്ഥൂല ശരീരത്തിൽ ഇറ്റ് ബി എക്സിക്യൂട്ടഡ് സ്ഥൂലമായി പ്രപഞ്ചത്തിൽ അത് പ്രാവർത്തികമായി കൊണ്ടുവരും ഇതൊക്കെ കാരണശരീരത്തിൽ കിടക്കണ കാര്യങ്ങളാണ് കാരണശരീരത്തിൽ കിടങ്ങുന്നത് സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂലമായ തലത്തിലും പ്രത്യക്ഷപ്പെടും അപ്പൊ ഈ കാരണ ശരീരം ഒരു ബാഗാണ് ഉറക്കം എന്ന് പറയുന്നത് അപ്പൊ ഇരിക്കട്ടെ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം ഈ മൂന്നും അസത്താണ് കാരണം എന്താ മൂന്നും സ്ഥൂല ശരീരത്തിന്റെ പരിണാമം നമുക്ക് നല്ലവണ്ണം അറിയാം ജനിച്ചു വളരണു ക്ഷയിക്കണു തളരണു വ്യാധി വരണു അനേക ദുഃഖങ്ങളുണ്ടാവണം സ്ഥൂല ശരീരത്തിന് അല്ലെ അത് അസത്താണോന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും സ്ഥൂല ശരീരം ഞാനല്ല അതും നല്ല വ്യക്തം നമുക്കിപ്പോ സ്ഥൂല ശരീരം ഞാനല്ല അതേപോലെ സൂക്ഷ്മ ശരീരവും ഞാനല്ല കാരണം എന്താ സൂക്ഷ്മ ശരീരത്തിൽ വരുന്ന ഓരോ വികാരത്തിനെയും ഞാൻ കാണുന്നുണ്ടല്ലോ ദേഷ്യം വരുന്നു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയും പറയുമ്പോ തന്നെ ഞാൻ വേറെ ദേഷ്യം വേറെ ദേഷ്യത്തിനെ ഞാൻ കാണുന്നു ദേഷ്യം പൊന്തി വരുന്നത് കാണുന്നു ഒരു മൊമെന്റ് കഴിഞ്ഞാൽ അതിലങ്ങനെ താതാത്മ്യം എന്നിട്ട് ദേഷ്യമായിട്ട് മാറും ഞാൻ അപ്പോഴാണ് ദേഷ്യപ്പെടുന്നത് ഇതുപോലെ ഓരോ വികാരത്തിനെയും നമ്മൾ കാണുന്നുണ്ട് കാണുന്നത് കൊണ്ട് തന്നെ അത് വേറെ ഞാൻ വേറെ സൂക്ഷ്മ ശരീരം ഞാനല്ല സൂക്ഷ്മ ശരീരവും ചെറിയ കുട്ടിയായിരിക്കുമ്പോ അത്ര കണ്ട് കാണാനില്ല പ്രബലമായിട്ട് കുറച്ചു കഴിയുമ്പോൾ വളർന്ന് വളർന്ന് വളർന്ന് വളർന്നു വരും സൂക്ഷ്മ ശരീരം പെരുത്ത് പെരുത്ത് പെരുത്ത് പെരുത്ത് വരും വാർദ്ധക്യ ദശയിലാവുമ്പോ ഇങ്ങനെ മാനസികമായി ആ ലോകത്തിൽ വ്യവഹരിച്ചുകൊണ്ടേയിരിക്കും അല്ലെ സൂക്ഷ്മ പരിണാമമുണ്ട് അതിൽ ഉത്സാഹം വരുന്നു തളർച്ച വരുന്നു ആഗ്രഹം വരുന്നു അപ്പൊ സൂക്ഷ്മ സദാ പരിണമിച്ചുകൊണ്ടേയിരിക്കണം അതും ഞാനല്ല അതും അസത്ത് സ്ഥൂല ശരീരം അസത്ത് സൂക്ഷ്മ ശരീരം അസത്ത് നല്ലവണ്ണം നോക്കിക്കൊള്ളണം ഈ വേദാന്ത വിചാരം തന്നെയാണ് ധ്യാനം ഇത് തന്നെയാണ് ഭക്തി ഒരു സാധനയിലും ഭക്തി സാധനയാവട്ടെ ജ്ഞാനസാധനയാവട്ടെ ഇതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ മനസ്സിലാക്കേണ്ടി വരും ഭക്തിയിലും ജ്ഞാനത്തിലും മനസ്സിലാക്കേണ്ടി വരും ഇതൊക്കെ ഈ കാര്യങ്ങൾ Bhagavan നമ്മളെ തെളിയിപ്പിക്കും ഇതൊക്കെ ഇപ്പൊ സ്ഥൂല ശരീരം അസത്ത് ജഡം ഞാനല്ല അത് ജാഗ്രത്തിൽ മാത്രമേ ഉള്ളൂ സ്വപ്നത്തിലില്ല സൂക്ഷ്മ ശരീരവും ഞാനല്ല അത് സുഷുപ്തിയിലും അറിഞ്ഞുപോണു ഇനി സുഷുപ്തി ഉണ്ടല്ലോ അതിനും ഏറ്റക്കുറച്ചലുകളുണ്ട് പരിണാമമുണ്ട് എന്താ അങ്ങനെ പറയണതെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ ഒരു ഇരുപത് മണിക്കൂർ ഓർങ്ങും സയന്റിഫിക്കായിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കും അവരുടെ ശരീരം വളരണം അതിനാണ് ആ എക്സ്പ്ലനേഷൻ തന്നെ വേദാന്തപരമായിട്ട് പറഞ്ഞാൽ ഉള്ളിലുള്ള വാസനകൾ പതുക്കെ പുറത്തേക്ക് വരണം അതാണ് വളർച്ച എന്തുകൊണ്ട് അത്രയും ഉറങ്ങേണ്ടി വരുന്നു എന്ന് വെച്ചാൽ ബാഗ് ഫുള്ളായിട്ടാണ് വരുന്നത് കഴിഞ്ഞ ജന്മത്തിലുള്ള സൂക്ഷ്മ മുഴുവൻ കാരണശരീരമായി കൺവേർട്ടായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബാഗ് ഫുള്ളാണ് അത് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും വളരുംതോറും ഉറക്കം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും ഇത് ബയോളജിക്കലായി എക്സ്പ്ലെയിൻ ചെയ്താലും ഇല്ല താത്വികമായിട്ട് വേദാന്തപരമായി എക്സ്പ്ലെയിൻ ചെയ്താലും ഒക്കെ സത്യത്തിന്റെ രണ്ട് ഡയമെൻഷനാണ് ഒന്നും കുറ്റം പറയാനൊന്നുമില്ല നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാറ്ററിനും സ്പിരിറ്റിനും വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല അപ്പോ വയസ്സാകും തോറും ഉറക്കം കുറഞ്ഞു കുറഞ്ഞു വരും ഒരു മധ്യവയസ്സാവുമ്പോ അറ ആറ് മണിക്കൂറ് ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറ് ഇങ്ങനെയൊക്കെ നിൽക്കും അപ്പോ ഈ കാരണ ശരീരത്തിന്റെ ബലം വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു വാർദ്ധക്യ ദശയിൽ ഉറക്കം വളരെ കുറവ് ആളുകൾ വിഷമിക്കും ഉറക്കം വരണില്ല ഉറക്കം വരാത്തത് കൊണ്ടല്ല വയസ്സുകാലത്ത് ക്ഷീണിക്കുന്നത് ഉറക്കം വരണില്ല എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് വയസ്സുകാലത്ത് അത്രയധികം ഉറക്കം വേണ്ട പ്രകൃതിയെ അങ്ങനെയാണ് നിയമിച്ചിരിക്കുന്നത് ആ കാരണശരീരം ഏകദേശം കാലിയായി കഴിഞ്ഞു അതുകൊണ്ടാണ് ഉറക്കം വരാത്തത് പക്ഷെ വയസ്സുകാലത്ത് മനസ്സ് വളരെ പ്രബലമായിരിക്കും സൂക്ഷ്മ ശരീരം അത് ഈ ജന്മത്തിലെ അനുഭവങ്ങളെ മുഴുവൻ പേറി അതാണ് വൃദ്ധസ്താവ ചിന്താസക്താന്ന് പറയണത് ഈ സൂക്ഷ്മ ശരീരം ഉണ്ടല്ലോ അടുത്ത ജന്മത്തിലെ കാരണശരീരമാണ് അത് മുഴുവൻ അടുത്ത ജന്മത്തിലെ ഉറക്കമായിട്ട് ഇറ്റ് ബി കൺവേർട്ടഡ് അതപ്പോ അവിടെ ഇരിക്കട്ടെ അപ്പോ കാരണ ശരീരം വയസ്സുകാലത്ത് വളരെ ക്ഷി ക്ഷയിച്ചതുകൊണ്ട് ഉറക്കം വളരെ കുറവായിരിക്കും ഉറക്കം വന്നില്ല എന്ന് വിഷമിക്കയേ വേണ്ട ഉറക്കം വന്നിട്ടില്ലെങ്കിൽ അത് നേച്ചറാണ് അറിഞ്ഞിട്ട് ഉറക്കം വന്നില്ലെങ്കിൽ എഴുന്നേറ്റ് സുഖമായിട്ടിരുന്ന് ധ്യാനിക്കാം നാമം ജപിക്കാം നല്ല ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കുക സുഖമായിട്ടിരിക്കുക തളർച്ചയോ ഉണ്ടാവില്ല ക്ഷീണമയോ ഉണ്ടാവില്ല പക്ഷെ ഉറക്കം വന്നില്ലല്ലോന്ന് വിഷമിച്ചാൽ ക്ഷീണിക്കും ക്ഷീണിക്കുന്നത് കോൺഫ്ലിക്ട് കൊണ്ടാണ് അല്ലാതെ ഉറക്കം വരായ്മ കൊണ്ടല്ല ഉറക്കം വന്നാൽ ഉറങ്ങണം ഉറക്കം വന്നിട്ടില്ലെങ്കിൽ വിഷമിക്കരുത് അത് കാരണശരീരത്തിന്റെ ഓപ്പറേഷൻ ആണവിടെ ഈ മൂന്ന് ശരീരവും വളരുകയും തളരുകയും ചെയ്യണു നമ്മൾ കണ്ടു അല്ലേ സൂക്ഷ്മ ശരീരം ഇവിടുന്ന് അങ്ങടേക്കാണോ ചെറുപ്പത്തിൽ കുറവ് വലുതാവും തോറും വളർന്ന് വളർന്ന് വളർന്ന് വളർന്നു വരും ഈ കാരണശരീരവും സ്ഥൂല ശരീരവും തളർന്ന് തളർന്നു വരും കാരണം എന്താ അത് രണ്ടും ഒറിജിനൽ ആണ് കാരണശരീരവും അക്സെപ്റ്റബിൾ സ്ഥൂല ശരീരവും അക്സെപ്റ്റബിൾ സൂക്ഷ്മ ശരീരം അവിദ്യ കൊണ്ട് നമ്മൾ വളർത്തിയതാണ് അജ്ഞാനം കൊണ്ട് നമ്മൾ വളർത്തിയതാണ് സൂക്ഷ്മ ഈ സ്വപ്നം എന്ന് പറയണത് ഉണ്ടല്ലോ കൊണ്ട് ഉണ്ടാവുന്നതാണ് അല്ലെങ്കിൽ സ്വപ്നത്തിന്റെ ആവശ്യമില്ല അറിവില്ലായ്മ കൊണ്ട് നമുക്ക് ഉണ്ടാവണം മൃഗങ്ങൾക്കൊന്നും നമ്മളെപ്പോലെ അധികം സ്വപ്നം ഒന്നുമില്ല കാഷ്വലായിട്ട് വലതും കാണുമായിരിക്കുമോ അവര് ഈ അബോറിജിൻസ് എന്താ പറയാ സികളിലൊക്കെ റിസർച്ച് ചെയ്തവർ പറഞ്ഞു അധികം സ്വപ്നം ഒന്നും അവര് കാണാറില്ല എന്നാണ് നമ്മളാണെങ്കിൽ ഉള്ള സിനിമയും പഠിത്തവും ഭാവനകളും സ്വപ്നം കാണാൻ തന്നെ ഒരു ആർട്ടായി ഡെവലപ്പ് ചെയ്തെടുത്ത് സ്വപ്നം കാണുക എന്നുള്ളത് മുഖ്യ തൊഴിലാക്കിയിരിക്കുന്നത് മനുഷ്യനാണ് അപ്പോ സൂക്ഷ്മ ശരീരത്തിന് ബലം കൂടി ഈ സൂക്ഷ്മ ശരീരമാണ് സകല ദുഃഖത്തിനും മൂലകാരണം ഉറക്കം കൊണ്ടും ആരും ദുഃഖിക്കണില്ല ശരീരം കൊണ്ടും ആരും ദുഃഖിക്കണില്ല ദുഃഖത്തിനു മൂല കാരണം മനസ്സാണ് മനസ്സെന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരം രമണ മഹർഷി ആശ്രമത്തിൽ ആരെങ്കിലും ഒക്കെ വന്നിരിക്കുകയാണെങ്കിൽ അവരുടെ ആധ്യാത്മികമായിട്ടൊന്നും സാധാരണ ചർച്ച ചെയ്യാറില്ല ഒരു കാര്യം നല്ലവണ്ണം ചോദിക്കും ഊണ് കഴിച്ചുവോ ചോദിക്കും വിശക്കുണ്ടെങ്കിൽ പോയി ഊണ് കഴിച്ചിട്ട് വരിക ശരീരത്തിന്റെ വേദന ആർക്കെങ്കിലും വയറുവേദന ഉണ്ടെങ്കിൽ ഉടനെ വളരെ കൺസേൺഡായിട്ട് അടുത്തുപോയി ചോദിക്കും ശരീരത്തിന്റെ വേദനയൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് കാണാം അതേപോലെ ഉയർന്ന വിഷയം ആത്മതത്വം ചോദിച്ചാലും പറയും പക്ഷെ ആരെങ്കിലുമൊക്കെ പോയിട്ട് ഭഗവാനെ മനസ്സ് വളരെ ചപലമായിരിക്കണു ചഞ്ചലമായിട്ടിരിക്കണു ഭയങ്കരമായിട്ടിരിക്കണോന്ന് പറഞ്ഞാൽ അത് എന്നാ പോയി മീസ അത് എവിടെ ഇരിക്കും മനസ്സ് ഭയങ്കരമായിരിക്കണു ചപലമായിരിക്കണമെന്ന് മനസ്സ് എന്താ അസുരൻ വേഷം കിട്ടി എങ്ങനെ ഇരിക്കും അതിന്റെ രൂപം എന്താന്ന് ചോദിക്കും ഹി നവർ അക്സെപ്റ്റഡ് മൈൻഡ് അതായത് മനസ്സ് അജ്ഞാനം കൊണ്ട് തോന്നണതാണോ എന്നാണ് ഭാവന നീ വളർത്തിയ വളർത്തിയതാ ശരീരത്തിന്റെ വേദന ഇറ്റ് ഈസ് ഫാക്ച്വൽ കാരണ ശരീരത്തിന്റെ ഉറക്കവും ഫാക്ച്വൽ ആണ് വരുമ്പോഴേ കൊണ്ടുവന്നതാണ് പക്ഷേ ഈ ജന്മത്തിൽ കൾട്ടിവേറ്റ് ചെയ്ത് വളർത്തിയതാണ് ഈ മനസ്സെന്ന് പറയുന്ന സാധനം സൂക്ഷ്മ ശരീരം അതിരിക്കട്ടെ ഇത് മൂന്നും വളരുകയും തളരുകയും ചെയ്യണു അസത്താണ് സത്തായ ഞാനല്ല അതിനൊന്നും സ്വയമേവ എക്സിസ്റ്റൻസും ഇല്ല ഇതിനെ കാണുന്ന ഞാൻ ഉണ്ടെങ്കിലേ അതൊക്കെ ഉള്ളു ഞാൻ മാത്രമേ സത്തുള്ളൂ ഞാൻ എന്നുള്ള ഉണർവ് സത്ത് ഒരു വിളക്കുണ്ടെങ്കിൽ ആ വിളക്ക് ഉണ്ട് കാണിക്കാൻ വേറെ ഒരു വിളക്ക് വേണ്ട അല്ലേ ടോർച്ച് ഉണ്ടോന്നറിയാൻ ഒരു വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിളക്കുണ്ടോ എന്ന് അറിയാൻ ടോർച്ച് അടിച്ച് നോക്കണ്ട അതേപോലെ ഞാനുണ്ടോന്നറിയാൻ വേറെ ആരും പറഞ്ഞു തരണ്ട തനിക്ക് താൻ തന്നെ താനുണ്ടോന്നല്ല വണ്ണം അറിയാം അത് സ്വയം പ്രകാശ വസ്തു അപ്പൊ അതുമാത്രം സത്ത് ഏതിന് സ്വയം തന്റെ ഉണ്മയെ അറിയില്ലയോ അത് അസത്ത് ഈ കൈക്ക് സ്വയം അതിന്റെ ഉണ്മയറിയില്ല കൈ മുറിഞ്ഞുകിടന്നാൽ മുറിഞ്ഞു വീണാൽ അതിന ഉണ്മ അറിയില്ല ആരുടെ കൈയാണെന്ന് ചോദിച്ചാൽ അതിനറിയില്ല ഇനി ജീവനും ഇല്ല നമുക്കറിയുന്ന ഒരാളുടെ കൈ മുറിഞ്ഞു പോയി അയാൾ നല്ല ധൈര്യമുള്ള ആൾ അയാൾ ആ കൈ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടു കൊടുത്തു ഡോക്ടറോട് പറഞ്ഞു എങ്ങനെയെങ്കിലും തുന്നി ചേർക്കാൻ പറ്റുമോ അവർ പറഞ്ഞു തുന്നി ചേർത്ത് നോക്കാം പക്ഷെ വീണ്ടും കണക്ഷൻ ഉണ്ടായി ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടായി അതിലേക്ക് ലൈഫ് എനർജി വരുമോ എന്ന് പറയാൻ പറ്റില്ലാന്ന് പറഞ്ഞു അത്രയും കാലം അതൊന്നിനും ഒരു വിറക് കഷ്ടം അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതിനെ അതേ എടുത്തിട്ട് തീയിലിടുക അത്രേ പറ്റൂ പ്രത്യേക സംസ്കാരം ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ കയ്യോ കാലോ ഒക്കെ അതിന് സ്വയമേവ ഒന്നും അസ്തിത്വമില്ല കൈ ശരിക്ക് ആംബ്യൂട്ടേറ്റ് ചെയ്ത് എടുത്തു എന്ന് വെച്ചാൽ അയാൾക്ക് ബോധമില്ലാതെ കിടക്കാണ് മുറിയിൽ ഇരുട്ട് മുറിയിലാണ് കിടക്കുന്നത് അയാൾക്ക് പ്രജ്ഞ വരുമ്പോ വേദന ഇല്ലെങ്കിൽ പലപ്പോഴും അയാൾക്ക് കൈയില്ല എന്നുള്ളത് പോലും അറിയാതെ ഉപയോഗിക്കാൻ നോക്കും ഉപയോഗിക്കാൻ നോക്കുമ്പോഴാണോ തനിക്ക് കൈയില്ല എന്നുള്ളത് തന്നെ അറിയാം ഉപയോഗിക്കാൻ ശ്രമിച്ചാലേ അറിയുള്ളൂ കൈ കാര്യം കാരണം എന്താ അതിന് സ്വയമേവ താനുണ്ട് എന്നുള്ള വ്യക്തിബോധം അതിന് ഇല്ല എന്നുള്ള ബോധം വേറെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ശരീരത്തിൽ ഓരോ അംഗത്തിനും പ്രത്യേക അസ്തിത്വം ഉള്ള പോലെ കൊടുക്കുന്നു അപ്പൊ ഞാൻ സത്ത് ഞാൻ അനുഭവിക്കുന്ന വസ്തുക്കൾ ഒക്കെ അസത്ത് ദൃക്ക് സത്ത് ദൃശ്യം അസത്ത് കാണുന്നവൻ സത്ത് കാണപ്പെടുന്ന വസ്തുക്കൾ അസത്ത് അസത്ത് തൽക്കാലം ഉണ്ടെങ്കിലും ഭഗവാൻ പറയണത് അത് ഇല്ലാന്ന് കണക്കാക്കിക്കൊള്ളു അർജുന എന്നാണ് തന്റെ ശരീരവും മറ്റുള്ളവരുടെ ശരീരവും ഒക്കെ ഇപ്പൊ തോന്നുന്നുണ്ടെങ്കിലും ഇത് വെറും സ്വപ്നമാണ് ദീർഘസ്വപ്നം എന്നാണ് സ്വപ്നത്തിൽ കുറച്ച് നേരത്തിൽ പോണു ഇപ്പൊ നമ്മളുടെ കൺസെപ്റ്റ് ഓഫ് ടൈം വെച്ച് നോക്കിയാൽ ദീർഘസ്വപ്നം കുറച്ചു കാലത്തേക്ക് കൂടെ നിൽക്കും എത്ര അത്ഭുതമാ നമ്മുടെ മുമ്പിൽ കാണുന്നതാണേ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവര് മരിച്ചു കഴിഞ്ഞു ഡിസപ്പിയറാവണം കുറച്ച് ദിവസം കരയും അത് കഴിഞ്ഞാൽ മറന്നുപോണു കുറച്ച് കഴിഞ്ഞാൽ അത് മറന്നുപോണു ആ മരിച്ചുപോയ ആളെ കുറിച്ചുള്ള വിചാരമേ ഉള്ളുന്നു പോയി നാച്ചുറലി വി ആക്സെപ്റ്റഡ് അപ്പൊ എന്താ അതിൽ ഭാവമില്ല അത് ശാശ്വതമായിട്ട് നിൽക്കില്ല അത് വരും നിൽക്കും പോകും അസത്തിന് ഭാവമില്ല ഇത് മറ്റുള്ളവരിൽ അറിയാനല്ല മുഖ്യമായി എന്നിൽ ഞാൻ അറിയണം അപ്പോഴേ ദുഃഖം മാറിക്കിട്ടുള്ളൂ മറ്റുള്ളവരിൽ ഇപ്പൊ എല്ലാരും നമ്മളുടെ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചത് കൊണ്ട് അതിന്റെ അർത്ഥം എന്റെ ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെ അസത്താണെന്ന് അറിഞ്ഞാൽ അതിനോടുള്ള ആസക്തി കുറഞ്ഞു വരും അതിനാണത് അപ്പോ ഈ അസത്തായ ശരീരത്തിന് ശാശ്വതമായ ഭാവമില്ല ഒരു മഹാത്മാവർ നിസർഗത്ത മഹാരാജ് അദ്ദേഹം എല്ലാവർക്കും മഹർഷിയെ പോലെ തന്നെ തന്നെ താൻ ആരെന്ന് കണ്ടെത്തി താൻ ആരെന്ന് ധ്യാനിക്കൂ അങ്ങനെ ഉപദേശിച്ചപ്പോ എല്ലാരും ശരിക്കൊന്നും മനസ്സിലാക്കില്ലല്ലോ അരകുറയായി മനസ്സിലാക്കി ഒരാൾ വന്ന് മഹാരാജിന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു ഞാൻ എന്റെ ഏത് രൂപമാ ധ്യാനിക്കേണ്ടത് വെച്ചു കണ്ണാടിയിൽ പോയി നോക്കിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നീ ജനിക്കുന്നതിന് പത്തു മാസം മുമ്പ് എങ്ങനെയുണ്ടായിരുന്നുവോ ആ രൂപം ധ്യാനിക്കൂന്ന അപ്പോഴോ ഈ ഞാനില്ലായിരുന്നു എന്ന് പറയും അല്ലെ അസ്തവത്തിൽ ഞാൻ ഇല്ലായിരുന്നു എന്ന് ഒന്ന് ഭാവന ചെയ്ത് നോക്കൂ ഭാവന ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് അവനവന്റെ നാസ്തിത്വം ഭാവന ചെയ്യുക വേറെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഭാവന ചെയ്യാം ഞാൻ ഇല്ലാത്ത അവസ്ഥ ഏയ് ഞാൻ ഭാവന ചെയ്യണ്ടല്ലോ ഒരു ശൂന്യ അവസ്ഥ ആരാ ഭാവന ചെയ്യണത് ഞാൻ ഭാവന ചെയ്യണമെങ്കിൽ തന്നെ അവിടെ ഞാൻ വേണം അസ്തിവം വേണം എക്സിസ്റ്റൻസിന് നോൺ എക്സിസ്റ്റന്റ് ആവാൻ പറ്റില്ല ഞാൻ ഓൺ എക്സിസ്റ്റൻസ് അഹമസ്മി യോഹം അസ്മി അഹമസ്മി അഹമേവാഹമസ്മി ഞാൻ ഉള്ളവനാണ് ഉള്ളവനാണ് ഉള്ളവനാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ് അഹം അസ്മി ഞാൻ ഇല്ലാത്തവനാണ് എന്ന് പറഞ്ഞിട്ട് അനുഭവിക്കാൻ പറ്റില്ല അപ്പോ സത്തിന് അഭാവമേ ഇല്ല ഉണ്ട് എന്നുള്ള അനുഭൂതി ഇല്ലാതാവുകയേ ഇല്ല ഇല്ലാത്തത് ശരീരം മനസ്സ് ബുദ്ധി നാമരൂപങ്ങൾ വന്നും പോയും കൊണ്ടേയിരിക്കും മാറിക്കൊണ്ടേയിരിക്കും പരിണമിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ പരിണമിക്കുന്നതിൽ ശ്രദ്ധ വെക്കാതെ പരിണമിക്കാതെ ഇരിക്കുന്ന സത്തിൽ ശ്രദ്ധ വെച്ച് പരിണമിക്കുന്ന വസ്തുക്കളെ കൈകാര്യം ചെയ്താൽ ദുഃഖിക്കില്ല ഈ പ്രപഞ്ചം മുഴുവൻ നാമരൂപമയമായി കാണുന്നത് അസത്ത് നാമരൂപങ്ങളെ അണിഞ്ഞ് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് സത്വം ശിവൻ വേഷം കെട്ടി സ്ത്രീ പുരുഷനായിട്ടും ഒക്കെ നമ്മളുടെ മുമ്പിൽ നിൽക്കണു കണ്ടെത്തിയ ഋഷീശ്വരന്മാര് പറയുന്നു ഭഗവാനെ അങ്ങ് തന്നെയാണ് എല്ലാം ത്വം സ്ത്രീ ത്വം കുമാനസിമാര ഉദവാഞ്ചസിവം ജാതോഭവസി വിശ്വതോ മുഖ ഭഗവാനെ അങ്ങ് തന്നെയാണ് സ്ത്രീ അങ്ങ് തന്നെയാണ് പുരുഷൻ അങ്ങ് തന്നെയാണ് കുമാരൻ അങ്ങ് തന്നെയാണ് കുമാരി വൃദ്ധനായി വടികുത്തി നടക്കുന്നതും എല്ലാം അവിടുന്ന് തന്നെ ജഗത്ത് മുഴുവൻ അവിടുത്തെ സ്വരൂപം എങ്ങനെ അവര് കണ്ടു അവര് നമ്മളെപ്പോലെ തന്നെയാ ലോകം കാണുന്നത് എന്നിട്ട് എങ്ങനെ പറഞ്ഞു ഈ നാമരൂപത്തിന്റെ ഉള്ളില് മാറാതെ നിൽക്കുന്ന വസ്തുവിനെ അവര് കണ്ടു സത്തിനെ അവര് കണ്ടു അസത്തിനെയും കണ്ടു പക്ഷെ ഉപേക്ഷിച്ചു കളഞ്ഞു കള്ളൻ സ്വർണത്തിന്റെ രൂപം ഉപേക്ഷിച്ച പോലെ തട്ടാൻ സ്വർണത്തിന്റെ രൂപം ഉപേക്ഷിക്കണ പോലെ ജ്ഞാനികളും രൂപത്തിനെ കാണുന്നുണ്ടെങ്കിലും ൂപത്തിന് പ്രാധാന്യം കൊടുക്കാതെ രൂപത്തിന് പുറകിലുള്ള അരൂപമായ ആത്മാവിനെ സദാ ദർശിച്ചുകൊണ്ടിരിക്കുന്നു തത്വദർശികൾ അതുകൊണ്ട് എന്താണ് രൂപ ആവിർഭവിക്കുന്നത് കൊണ്ടോ രൂപം എന്തൊക്കെ തന്നെ കാണിച്ചാലും അവർ ചലിക്കില്ല നരസിംഹത്തിനെ കണ്ട് എല്ലാരും പേടിച്ചു പ്രഹ്ലാദൻ പേടിച്ചില്ല എന്താ രൂപത്തിനെ അല്ല കണ്ടത് അതിന്റെ ഉള്ളിലുള്ള പൊരുളിനെ ഭഗവാനെ കാണുമ്പോ ഭയം ബാധിക്കില്ല ദ്വൈതം അംഗീകരിക്കുമ്പോൾ ഭയമുണ്ടാവും രാഗമുണ്ടാവും ദ്വേഷമുണ്ടാവും എല്ലാം ഉണ്ടാവും ദ്വൈതം അംഗീകരിച്ചില്ലെങ്കിലോ ഭയമോ രാഗമോ ദ്വേഷമോ ഒന്നുമില്ല ഒന്നും തള്ളിക്കളയേണ്ട വസ്തുവല്ല തിരുവണ്ണാമലയിൽ ശേഷാദ്രിസ്വാമികൾ എന്ന് പറഞ്ഞൊരു സിദ്ധനുണ്ടായ അദ്ദേഹം ഇങ്ങനെ ഭ്രാന്ത് പോലെ നടക്കും അദ്ദേഹത്തിനടുത്ത് ദിവസം ഒരാള് പോയിട്ട് സ്വാമി എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യണം എന്ന് പറയും അപ്പൊ സ്വാമികൾ പോടാ പോടാ ഒരു ദിവസം പറഞ്ഞു പോയി ഷുണ്ടക്കാ തിന്നിട്ട് വാ അപ്പുറം ബ്രഹ്മോപദേശം എന്താ ശുണ്ടക്കാ തിന്നാന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവന്റെ മനസ്സിൽ കുറെ കളങ്കമുണ്ട് ആ കളങ്ക നീങ്ങാനാണ് അതൊരു ചൊല്ലാണ് ശുണ്ടക്കാ കഴിക്കുക എന്നുള്ളത് ഷുണ്ടക്കാ വാ ഒരിക്കൽ ഇയാളെ വഴിയിൽ കണ്ടപ്പോ സ്വാമികൾ ഒരു എരുമയുടെ അടുത്ത് നിക്കണു ഇയാൾ വരണു ഇയാളോട് ചോദിച്ചു ഇതെന്താണത് എരുമയെ കാണിച്ചിട്ട് ചോദിച്ചു ഇത് എന്താണ് നമ്മൾ എന്താ കാണുക അല്ലേ നമുക്ക് കണ്ട ഉടനെ ഇങ്ങനെ ആക്കും എരുമ എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് കണ്ണിൽ എന്തോന്ന് വരും എന്താ അത് ചോദിച്ചു എരുമ സ്വാമി പറഞ്ഞു വീണ്ടും ചോദിച്ചു അത് എന്താ അത് എരുമ മൂന്ന് പ്രാവശ്യം എരുമ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഇയാളെ നോക്കിയിട്ടേ എരുമ അത് എരുമയല്ലേടോ ബ്രഹ്മം തന്റെ ഉള്ളിൽ എരുമയുള്ളത് അത് എരുമെന്ന് തോന്നണത് ആ എരുമയ്ക്ക് അത് എരുമയാണെന്ന് അറിയില്ല അറിയോ നമ്മളല്ലേ അതിന് എരുമെന്ന് പേര് വെച്ചത് എരുമയ്ക്ക് താൻ എരുമയാണെന്ന് അറിയോ നമ്മൾ പേരുവെച്ച് പേര് വെച്ച് പറ്റിക്കപ്പെടുകയാണ് ഇന്നൊരു പുസ്തകത്തിൽ വായിച്ചു പൂച്ചയുടെ പിതൃപിതാമഹ ആദ്യമായി ഉണ്ടായ പൂച്ചയ്ക്ക് എന്തോ ഒരു പേര് ആ പേര് കുട്ടികൾക്ക് ആ പേരെന്താണ് എന്ന് ക്രിസ്മസ് ചോദിക്കാം പൂച്ച ആദ്യമായി ആവിർഭവിച്ച എന്തോ ഒരു ഇംഗ്ലീഷിൽ ഒരു പേര് അത് പൂച്ചകൾ വെച്ച പേരാണോ നമ്മൾ ആരോ ഈ അടുത്ത കാലത്ത് വെച്ച പേരാണേ അത്രയോ ആരംഭത്തിലുണ്ടായ പൂച്ചയ്ക്ക് വെറുതെ ഒരു പേര് അല്ലെ എരുമയ്ക്ക് എരുമയാണെന്നും അറിയില്ല എരുമാന്ന് തനിക്കൊരു പേരുണ്ടോന്നും അറിയില്ല എരുമാരു ജീവിയാണ് താനെന്നും നമ്മൾ അതിന് എരുമാന്ന് പേര് വെച്ച് കുടുങ്ങി അതിനോട് വെറുപ്പ് അല്ലെങ്കിൽ അതിനോട് ഇഷ്ടം ഒക്കെ തോന്നും ശേഷാദ്രമ ഇത് എരുമയില്ലേ ബ്രഹ്മംന്ന് നോക്കിയാൽ എരുമയെ കാണില്ല എരുമ എന്ന് കണ്ടാൽ ബ്രഹ്മം കാണില്ല അതിനൊരു കഥയുണ്ട് വാസുദേവ മനനത്തിൽ ഒരാള് ഗൃഹസ്ഥനായ ആള് സന്യാസം സ്വീകരിച്ച് ഒരു ആശ്രമത്തിൽ താമസിക്കാം അവിടുത്തെ അധിപതി ദിവസം വേദാന്ത പ്രഭാഷണം ചെയ്ത് ഇയാൾക്ക് ധ്യാനിക്കാനായി തത്വോപദേശം ചെയ്യും ഇയാള് കുറേ വർഷങ്ങളായി ധ്യാനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മനസ്സിനെ നിശ്ചലമായിട്ട് നിർത്താൻ ശ്രമിക്കണോ സാധിക്കണില്ല അപ്പൊ ഇയാള് ഗുരുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ധ്യാനിക്കാൻ പറ്റണില്ല ഇയാൾ എത്ര ധ്യാനിച്ചാലും മനസ്സ് ചപലമാവണു അപ്പൊ ഗുരു പറഞ്ഞു ശരി ഒരു കാര്യം ചെയ്യും കുറച്ച് ദിവസം മനസ്സിനെ ശ്രദ്ധിക്കാം ധ്യാനിക്കുമ്പോൾ മനസ്സ് എവിടെ പോണോന്ന് ശ്രദ്ധിക്കാം എന്നിട്ട് ആ പദാർത്ഥം എന്താന്ന് എന്റെ അടുത്ത് വന്ന് പറയും മനസ്സ് പോണമെങ്കിൽ ഏതെങ്കിലും നമുക്ക് ആസക്തി ഉള്ള വസ്തുവിന്റെ പുറകിലേ പോകുള്ളൂ അല്ലാതെ വെറുതെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ആവോന്നൊന്നും നമ്മൾ വിഷമിക്കില്ല നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അറ്റാച്ച്മെന്റ് ഉള്ള ആരെങ്കിലും കുറിച്ചേ ചിന്തിക്കുള്ളൂ അപ്പൊ അത് എന്താന്ന് കണ്ടുപിടിച്ചിട്ട് വരുവെന്ന് പറഞ്ഞു അപ്പൊ ഇയാള് ധ്യാനിക്കാൻ ഇന്ന് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഗുരുവിന്റെ അടുത്ത് വന്നു പറഞ്ഞു നാണം അയാൾക്ക് പറയാം എന്താ മനസ്സിൽ വരണേ ഒരു എരുമ എപ്പോഴും ഒരു എരുമ മനസ്സിൽ വരണു അപ്പൊ ഇയാള് ചോദിച്ചു എന്താ അപ്പൊ എരുമയെ കാണാൻ കാരണം അപ്പൊ പറഞ്ഞു കാരണം ഇതാണ് ഞാൻ എന്റെ ഭാര്യയും കുട്ടികളും മരിച്ചു എനിക്ക് ആകെപ്പാടം ഉണ്ടായിരുന്നത് ഒരു എരുമയാണ് ഞാൻ എന്റെ സ്നേഹം മുഴുവൻ ആ കൊടുത്ത ആ എരുമയിൽ വളർത്തി അപ്പൊ ആ എരുമയെ വിട്ടാക്കിയിട്ടാണ് ഞാനിപ്പോ സന്യാസം എടുത്തു വന്നത് ഇപ്പോഴും ആ എരുമയോടുള്ള ആസക്തി കാരണം ആ എരുമ എന്ത് ചെയ്യണമോ എങ്ങനെ ഇരിക്കണോന്നൊരു വിചാരം ഉള്ളത് കൊണ്ട് എരുമ സദാ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കണു നമുക്കാവുമ്പോ ഇപ്പൊ പറയുമ്പോ തന്നെ ചിരി വരണം എന്താന്ന് വെച്ചാൽ എരുമ എന്ന് വെച്ചാൽ ഒരു തുച്ഛമായ ജീവൻ ഞാൻ ഇതേ ഇത് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഓ നമ്മൾ ഇങ്ങനെയിരിക്കും അല്ലേ അപ്പോ ഗുരുവായൂരപ്പൻ വേറെ എരുമ വേറെ എരുമ എന്ന് വെച്ചാൽ ഒരു തുച്ഛമായ ജീവൻ എന്ന് നമുക്ക് ഉടനെ ആ ഗുരുവിനങ്ങനെ തോന്നിയതേ ഇല്ല അദ്ദേഹം പറഞ്ഞു ശരി എരുമയെ മനസ്സിൽ വരണൂലേ മനസ്സിൽ ഏതിലെങ്കിലും ആസക്തി വന്നാൽ ആ ആസക്തിയെ ഉപേക്ഷിക്കുന്നത് വളരെ വിഷമാണ് അതെല്ലാവർക്കും അറിയണ കാര്യമാണ് ഉപേക്ഷിക്കാൻ പറയണത് പക്ഷെ ഉപേക്ഷിക്കാൻ പറ്റില്ല അത് അദ്ദേഹത്തിനും അറിയണത് ആ ഗുരു എന്ന് പറഞ്ഞു ശരി ഒരു കാര്യം ചെയ്യും കുറച്ചു ദിവസം നല്ലവണ്ണം ആ എരുമയെ ധ്യാനിക്കാവുന്നു ഇയാള് കുറച്ച് ദിവസം കഴിഞ്ഞപ്പൊ എരുമ ഇദ്ദേഹത്തിന് പ്രത്യക്ഷം കണ്ണടച്ചാ എരുമ വരും ഇപ്പോ ആ ഗുരു പറഞ്ഞു കൊടുത്തു ഇനി ഒരു കാര്യം ചെയ്യും ആ എരുമ എന്നുള്ള പേരിനെ ഞങ്ങൾ മറക്കണം എരുമ എന്ന് ചിന്തിക്കുമ്പോ തന്നെ അസോസിയേഷൻ ആയിട്ട് അതിന്റെ കൂടെ ചില ഭാവമൊക്കെ വരണല്ലോ ആ ഭാവം മാറ്റണം മാറ്റാൻ പറ്റുമോ തീർച്ചയായും മാറ്റാൻ പറ്റും എന്താ കാരണം എന്ന് വെച്ചാൽ അമ്പലത്തിൽ വരാഹമൂർത്തിയെ കൊത്തിവെച്ചിരിക്കും പരമഭക്തിയോട് പോയി നമസ്കരിക്കണില്ലേ എങ്ങനെ നമസ്കരിച്ചു റോട്ടിൽ പത്നിയെ കണ്ടാൽ നമസ്കരിക്കൂ അയ്യേ ഇത് പന്നി ഇവിടെ വരുമ്പോ അതേ പന്നി തന്നെയാണോ കൊത്തിവെച്ചിരിക്കുന്നത് സാക്ഷാത് ഭഗവാൻ പറഞ്ഞിട്ട് ഭക്തിയോടെ നമസ്കരിക്കണം എന്തുപറ്റി ആരോപിച്ചു അത്രേ ഉള്ളൂ ഗണിച്ച് അംഗീകരിച്ച ഉടനെ ഭഗവാനാണോന്ന് തോന്നി ഇതേ അംഗീകാരം അവിടെയും വന്നിരുന്നു എങ്കിൽ തോന്നും പക്ഷെ നമുക്ക് തോന്നണില്ല രണ്ടിനെയും നമ്മൾ പിരിച്ചു വെച്ചത് കൊണ്ട് ഇദ്ദേഹം എന്ത് എന്നുള്ള ആ ഭാവം വരണ സ്ഥാനത്ത് എരുമയെ സാക്ഷാത് ഭഗവത് സ്വരൂപമായിട്ട് ധ്യാനിക്കാനായിട്ട് പറഞ്ഞുകൊടുത്തു രഹസ്യം ഉപാസിക്കാൻ പറഞ്ഞു കൊടുത്തു കുറെ കഴിഞ്ഞപ്പോൾ എന്തായി എരുമയുടെ നാമം രൂപവും ഒക്കെ മറിഞ്ഞു ആ സ്ഥാനത്ത് ശുദ്ധമായ ബോധം പ്രകാശിച്ചു എരുമ എന്നുള്ള പേര് അസത്ത് എരുമ എന്നുള്ള രൂപം അസത്ത് പക്ഷെ എരുമയിലുള്ള ചൈതന്യം ഉണ്ടല്ലോ അത് സത്ത് ആ ചൈതന്യത്തിനെ ഗ്രഹിച്ച് നാമരൂപത്തിനെ തള്ളിക്കളഞ്ഞ് ധ്യാനിക്കാൻ പറഞ്ഞപ്പോ ഇയാൾക്ക് എരുമയിലൂടെ തന്നെ ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടായി എന്ന് വാസുദേവ മനനത്തിൽ ഒരു കഥയുണ്ട് എരുമയിലൂടെ തന്നെ ഒരാൾക്ക് എരുമയെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഭർത്താവിനെയോ ഭാര്യയോ കുട്ടികളെയോ അങ്ങനെ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാം അപ്പൊ ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല കുടുംബം ഒന്നും വിട്ടുപോണ്ട മനസ്സിൽ അവരോട് ആസക്തി തോന്നണെന്ന് വെച്ചാൽ വളരെ നല്ലത് ആ ഭാവത്തിലാണ് നോക്കണതെങ്കിൽ അറ്റാച്ച്മെന്റ് തോന്നണെന്ന് വെച്ചാൽ വളരെ നല്ലത് അറ്റാച്ച്മെന്റിനെ ഒന്നും വരക്കണ്ട അവരുടെ ഒക്കെ രൂപം ഉള്ളിൽ വരുമ്പോ ഈ രൂപത്തിൽ ഭഗവാൻ വരണു അപ്പൊ എന്താവും അവർക്കും കൂടെ ഒരു സുഖം തോന്നും അവരെ നമ്മൾ ഭഗവാൻ കാണുമ്പോഴേ പതുക്കെ പതുക്കെ അവരുടെ ഉള്ളിലും ദിവ്യത്വവും വന്നു തുടങ്ങും ഇത് അറിഞ്ഞിട്ടാണ് നമ്മൾ ഋഷീശ്വരന്മാരൊക്കെ പതി മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ പതിയെ ദൈവമായിട്ട് കാണണം പത്നിയെ ദിവ്യമായിട്ട് കാണണം എന്നൊക്കെ പറയാൻ കാരണം ഈ ഭാവം ആരോപിച്ച് അവരോടുള്ള നമ്മളുടെ അജ്ഞാനം കൊണ്ട് ആരോപിക്കപ്പെട്ടിരിക്കുന്ന രാഗദ്വേഷങ്ങൾ മാറ്റാൻ അപ്പൊ കുടുംബജീവിതം തന്നെ നമ്മൾ എവിടെ ഇരിക്കുന്നുവോ ആ ജീവിതം തന്നെ നമ്മളുടെ തപസ്സിന്റെ സ്ഥാനമാവും ആരോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നു ആ അറ്റാച്ച്മെന്റ് തന്നെ ഇറ്റ് വിൽ ബി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ഡിവൈൻ എക്സ്പീരിയൻസ് ഓർമ്മ വയ്ക്കണം അത്രേ ഉള്ളൂ വലിയ വിഷമമൊന്നുമില്ല ഓർമ്മ വെക്കണം മായ എവിടെ കളിക്കോ യാ ദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത നമസ്തസ്തോ നമ ഇവിടുന്ന് ഇറങ്ങിയോ മറന്നുപോകൂ ഇപ്പൊ കേൾക്കുമ്പോ തോന്നും വളരെ എളുപ്പമാണോന്ന് തോന്നും കുടുംബത്തില് പതുക്കെ ഇത് പ്രായോഗിക തലത്തില് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാം തോന്നും പക്ഷെ മറന്നുപോ മറന്നു പോകുന്നതിനുള്ള ഈ സത്സംഗം സത്സംഗത്തിലിരുന്ന് ഇപ്പൊ ഞാനും ഓർക്കണു നിങ്ങളും ഓർക്കണു ഓർത്തോർത്ത് ഓർത്തോർത്ത് പതുക്കെ നമ്മളുടെ ഉള്ളിലുള്ള ഓരോ രാഗദ്വേഷനകളായി അസത്തിൽ നിന്ന് സത്താക്കി മാറ്റണം ഓരോന്നിനോടുള്ള രാഗദ്വേഷവാസനകളെയും മാറ്റാൻ അസത്തിനെ മാറ്റി നിർത്തി സത്തിനെ കാണണം നാമരൂപത്തിനെ കാണുമ്പോഴാണല്ലോ വെറുപ്പോ ദ്വേഷമോ തോന്നണത് നാമരൂപത്തിനെ കാണാതെ എല്ലാം നാരായണൻ അത് പറഞ്ഞിട്ട് അടുത്തുപോയി പെരുമാറണമെന്നൊന്നുമില്ല രാമകൃഷ്ണപരമംസർ പറയും ചിലർ മഹാക്രൂരന്മാരായിട്ട് ഇരിക്കുമെങ്കിൽ അവരെടുത്ത് ഇതും നാരായണനാണെന്ന് പറഞ്ഞ് പോയി കെട്ടിപ്പിടിക്കാൻ പോണ്ട ദൂരത്ത് നിന്ന് മതി അവരെ നന്നാക്കാനല്ല അവരുടെ മേലെ വെറുപ്പുണ്ടായാൽ നമ്മളുടെ ഉള്ളിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും ആ ഡിസ്റ്റർബൻസ് നീക്കാനായിട്ട് ദൂരത്ത് നിന്ന് ബ്രഹ്മവിചാരം കൊണ്ട് ഉള്ളിൽ നിന്ന് നീക്കുക ഇങ്ങനെ പതുക്കെ ഓരോ വസ്തുക്കളായി ഇതൊക്കെ പല ഡയമെൻഷനില് നമ്മൾ ഒരേ കാര്യത്തിനെ കാണുകയാണെ ലക്ഷ്യം എന്താണ് ഉള്ളിലുള്ള ഈ ചലനം ഒക്കെ അതാണ് ലക്ഷ്യം അത് നിങ്ങൾ എങ്ങനെ നിർത്തിയാലും വേണ്ടില്ല രാഗദ്വേഷം ഉപേക്ഷിച്ചിട്ടോ ഇല്ലെങ്കിൽ തനിയെ ഏകാന്തത്തിൽ പോയിട്ടോ എന്തോ ചെയ്യൂ പക്ഷെ വളരെ പ്രായോഗികമായൊരു ലക്ഷ്യമാണ് ഭഗവാൻ തത്വദർശനം എന്ന് പറഞ്ഞത് ജഗത ഈശദീ യുക്ത സേവനം അഷ്ടമൂർത്തി ദേവപൂജനം എന്ന രമണ ഉപദേശ സാരത്തിൽ പറഞ്ഞു ജഗത്തിനെ മുഴുവൻ ഈശ്വരസ്വരൂപം എന്ന് കണ്ട് ഉപാസിക്കുന്നത് അഷ്ടമൂർത്തിയായ ശിവന്റെ പൂജ എന്നുവെച്ചാൽ ജഗത്തിലെ എല്ലാ വസ്തുക്കളെയും വേദമൊക്കെ അങ്ങനെയാണല്ലോ വൈദിക ഋഷികളൊക്കെ അങ്ങനെയായിരുന്നു സൂര്യൻ ചന്ദ്രൻ അഗ്നി ആകാശം എല്ലാം ദിവ്യമായിരുന്നു അവർക്ക് സകല പ്രാണികളും സകല ബന്ധങ്ങളും അവർക്ക് ദിവ്യമായിരുന്നു നമ്മളിന്നൊക്കെ ഡീമിസ്റ്റിഫൈ ചെയ്തിരിക്കുകയാണ് എല്ലാം വോളിക്യൂളാണ് ആറ്റമാണ് കെമിക്കലാണ് പിന്നെ അടുത്ത വീട്ടുകാരന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടും ഞാൻ എന്തെടുത്താലും ഇപ്പോ ഒന്നും വരാനില്ലല്ലോ ആ ഒരു ദിവ്യഭാവം ഉണ്ടെങ്കിൽ നമ്മൾക്കാണ് ബെനിഫിറ്റ് അതുകൊണ്ട് ണുന്നത് മുഴുവൻ ദിവ്യം ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപം അപ്പൊ ഒന്നിനെയും ദുരോഹിക്കില്ല നമ്മള് നദി ദിവ്യമായിരുന്നു ഒരു കാലത്ത് അത് ഭഗവത് സ്വരൂപം എന്ന് കണ്ടപ്പോ നദിയൊന്നും അശുദ്ധപ്പെടുത്തിയിരുന്നില്ല ഇപ്പൊ ഗംഗയൊക്കെ നോക്ക പഴയകാലത്ത് തുപ്പുക പോലും ചെയ്യില്ല കൊൽക്കുഴിച്ച വെള്ളം നദിയിൽ വീണാൽ അവ മഹാബാപി എന്ന് പറയും ഇപ്പൊ ഗംഗയിലേക്ക് ഡിച്ച് സ്വതന്ത്രമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് കവറ് ഗംഗയിൽ ഇട്ടിട്ട് ഗംഗ ഒഴുകണില്ല ഞാനിപ്പോ പതിനേഴ് ദിവസം അവിടെ ഇരുന്നിട്ടാണ് പറയണത് കാശിയില് പ്ലാസ്റ്റിക് പോളിന്തീൻ കവർ ഗംഗയിലെ പൂവ് ഭക്തിയോടെയാണ് അതാണ് പറയുന്നത് മൂഢമായ ഭക്തി പ്ലാസ്റ്റിക് കവറ് പൂവിലിട്ടിട്ട് ഗംഗാമാതാക്കി ജയ് എന്ന് പറഞ്ഞിടും അമ്മയെ അടിക്കണ പോലെയാണ് സ്നേഹം കൊണ്ട് അമ്മയെ അടിക്കണ പോലെ ഈ പോളിത്തീൻ കവർ അതിലിട്ടിട്ടിട്ട് ഗംഗ ഒഴുകണില്ല അപ്പൊ അതൊക്കെ വേറെ വിഷയം അപ്പൊ െ സത്ബുദ്ധി കൊണ്ട് നീക്കുക സത്ത് അസത്ത് ജഡം ചൈതന്യം രണ്ടെണ്ണം ഉണ്ട് ജഡം സ്വതന്ത്രമായി ഇല്ലാത്തതാണ് ചൈതന്യം ആണ് എന്റെ ഉള്ളിൽ സദാ ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് അനുഭവപ്പെടുന്ന ബോധം പ്രജ്ഞ കോൺഷ്യസ്നെസ് അവർനെസ് അത് സത്ത് അത് ഒഴിച്ചു ബാക്കിയൊക്കെ അസത്ത് അസത്വന്ന് വെച്ചാൽ സ്വതന്ത്രമായി എക്സിസ്റ്റൻസ് ഇല്ലാത്തതെന്ന് അർത്ഥം ഞാൻ ഉണ്ടെങ്കിലേ അതൊക്കെ ഉള്ളു പരമപ്രകാശം ഈ ഞാൻ എന്നുള്ള അനുഭൂതി മണ്ഡലത്തിൽ അനുഭവപ്പെടുന്നു ബാക്കിയൊക്കെ ദൃശ്യപ്രപഞ്ചമാണ് അതൊന്നും വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ഇത് രണ്ടും വിഷയം വിഷയി ദൃക്ക് ദൃശ്യം ഞാനും പ്രപഞ്ചവും അഹം ഇതം ഇത് രണ്ടും വേർ കാണുന്നവനെ തത്വദർശി എന്ന് ഭഗവാൻ പറഞ്ഞു അവൻ ദുഃഖിക്കില്ല അവന്റെ ശ്രദ്ധ എപ്പോഴും ഈ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭൂതിയിൽ ആഴ്ന്നിരിക്കും അതിനെ നമ്മള് തത്വദർശനം പരിശീലിക്കണം തത്വം ദ്രഷ്ടും ശീലം എന്ന് പറഞ്ഞുവല്ലോ ആ ശീലം വളർത്തണം നല്ല സംഗീത പാട്ട് ഒന്ന് നിർത്തി അടുത്ത പാട്ട് തുടങ്ങുന്നതിന്റെ നടുവിൽ ശ്രുതി കേൾക്കും പിന്നെ പാടാൻ തുടങ്ങി നല്ലവണ്ണം ബ്ലണ്ടായാൽ ശ്രുതി കേൾക്കില്ല പിന്നെ ഇടയിൽ പാട്ട് നിർത്തി അടുത്ത പാട്ട് തുടങ്ങുമ്പോൾ ശ്രുതി കേൾക്കും ഇതുപോലെ നമ്മളുടെ ഉള്ളിൽ ചിത്തവൃത്തികൾ ഒന്ന് നിലച്ചാൽ ചിത്തവൃത്തികൾക്ക് പുറകിൽ ഈ ശ്രുതി അഹമസ്മി എന്നുള്ള ശ്രുതി കേൾക്കും നമ്മൾ ശ്രുതിയിൽ ശ്രദ്ധിച്ചാൽ പാട്ടിൽ ശ്രദ്ധിക്കില്ല അതുപോലെ ഈ പ്രജ്ഞയിൽ ശ്രദ്ധ പതിഞ്ഞാൽ പിന്നെ ചിത്തവൃത്തികളിലോ ശരീരത്തിലോ ഒന്നും ശ്രദ്ധ പതിയില്ല അതാണ് സത്തിലുള്ള ശ്രദ്ധ അതാണ് സത്പ്രത്യയാഹ്യം വിഹായസന്തം ഹൃദ്യേഷ ചിന്താരഹിതോ ഹൃദാഖ്യ കഥം സ്മരാമസ്തമേയമേകം തസ്യ സ്മൃതി തത്ര ദൃഢൈവനിഷ്ഠ എന്ന് രാവിലെ സദർശനത്തിൽ കണ്ടത് സത്തിനെ കൂടാതെ സത്തുണ്ട് അനുഭവം ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് അതില് ശ്രദ്ധ പതിഞ്ഞാൽ ചിത്തവൃത്തികളൊക്കെ നിലച്ച് ഒരു ശാന്തി ഒരു ആനന്ദം ഉണ്ടാവും ഇതിപ്പോ ഒന്നും വേണ്ട എളുപ്പം ഇപ്പൊ ഇന്ന് കേട്ടത് മുഴുവൻ മറന്നു കളഞ്ഞാലും ഈ ഒരു കാര്യം ഓർമ്മ വെച്ചാൽ മതി ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാം മനസ്സിപ്പൊ പുറമേക്ക് പോയി പോയി ശീലമായിരിക്കുകയാണ് മനസ്സ് സ്വയമേവ അകമേക്ക് വരില്ല അങ്ങനെ വരുമ്പോഴേക്കും ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടേ വരുള്ളൂ അപ്പോ നമ്മളായിട്ട് അതിനെ പതുക്കെ ഉള്ളിലേക്ക് തിരിച്ച് തിരിച്ച് തിരിച്ച് തിരിച്ച് ഒരു ശീലം ഉള്ളിലേക്ക് തിരിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഓരോ ചിത്തവൃത്തികൾ വരുമ്പോഴും ഓരോ വികാരം വരുമ്പോഴും വളരെ ജാഗ്രതയോടുകൂടെ ഈ വികാരം ആർക്കു വരണു എന്ന് നോക്കാം വികാരത്തിന് കണ്ടന്റ് നോക്കരുത് നല്ല വികാരമാണോ അചീത്ത വികാരമാണോ ഇത് കോപമാണോ സ്നേഹമാണോ എന്ന് നോക്കരുത് എല്ലാം ഒരുപോലെ തന്നെ എന്ത് വികാരം വരുമ്പോഴും ഈ വികാരം ആർക്ക് വരണു ഉടനെ എന്തായിരിക്കും ഫീലിംഗ് എനിക്ക് വരണു അല്ലേ എനിക്ക് വരണമെന്ന് തോന്നിയാൽ ഉടനെ ഈ ഞാൻ ആര് ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണ് ശ്രദ്ധ ഈ ഞാൻ എന്നുള്ളതിലേക്ക് തിരിഞ്ഞാൽ ഈ വികാരം എന്നുള്ളത് അസത്ത് അസത്തിനെ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല അതിനെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടും കാര്യമില്ല പരിഹാരമേ കണ്ടെത്തേണ്ട ആവശ്യമില്ല അതിനുപേക്ഷിക്കാം ഉപേക്ഷയാണ് പരിഹാരം ആ വികാരത്തിനെ വിട്ടിട്ട് സത്തിന്റെ നേരെ തിരിഞ്ഞാൽ ഈ ഞാൻ എന്നുള്ളത് സത്ത് ഞാൻ ആരാണ് ഞാൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധ അങ്ങടി തിരിഞ്ഞാൽ നമുക്ക് ആശ്ചര്യം തോന്നും നമ്മൾ ഏത് വികാരം നമ്മളുടെ മുമ്പിൽ വന്നു ആ ക്ഷണം തന്നെ ക്ഷണത്തിൽ തന്നെ ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെടും നമ്മൾ ആ വികാരത്തിനെ എക്സ്പ്രസ് ചെയ്താലും എനർജി ലോസ് ആകും സപ്രസ് ചെയ്താലും എനർജി ലോസ് ആകും സപ്രസ് ചെയ്താൽ കോൺഫ്ലിക്ട് കൊണ്ട് എനർജി ലോസ് എക്സ്പ്രസ് ചെയ്താൽ ആ എനർജി പുറത്തേക്ക് പോയി പക്ഷേ ഞാൻ എന്നുള്ള ഹൃദയസ്ഥാനത്തിനെ അന്വേഷിച്ച് ഞാൻ ആര് എന്ന് അന്വേഷിച്ച് ഈ ഇമോഷൻ സോഴ്സിലേക്ക് തിരിച്ചു പോയാൽ ഈച്ച് ആൻഡ് എവറി ബിറ്റ് ഓഫ് എനർജി ഇസ് കൺസെർവഡ് അതാണ് ന്യാസം അഗ്നിമേ വാച്ച് വാഗ് ഹൃദയേ ഹൃദയമ്മീ അഹം അമൃതേ അമൃതം ബ്രഹ്മണിന്യാസമേ അതാണ് വരുന്ന വികാരങ്ങളെയൊക്കെ ഹൃദയത്തിൽ ഹോമിക്കുന്നു അവസാനം അഹങ്കാരത്തിനെ ഹോമിക്കും അതാണ് മാം ജുഹോമി സ്വാഹാ ഞാൻ എന്നെ തന്നെ ഹോമിക്കുന്നു ഹൃദയത്തിന് ഇതൊന്നും സാധാരണ പ്രഭാഷണത്തില് പറയാത്ത കാര്യങ്ങളാണ് പൊക്കെ പെട്ടി പൊളിക്ക അറിയണവരെ അറിഞ്ഞോളാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ ദൂഷ്യമൊന്നും വരാനില്ല അറിഞ്ഞാൽ വലിയ ഗുണമുണ്ടാവും ഇതെല്ലാവരെയും കൊണ്ട് സാധ്യമല്ല ഭഗവാൻ പിന്നെ പറയിപ്പിക്കണമെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഗുണം ഉണ്ടാവൊണ്ടായിരിക്കും അതുകൊണ്ട് പറയിപ്പിക്കണം അത്രയേ ഉള്ളൂ അപ്പോ ഇതാണ് ഈ ഹൃദയവിദ്യ സദ്വിദ്യ സദ്വിദ്യ അസത്തിൽ നിന്ന് സത്തിലേക്ക് തിരിയുന്നത് ഇത് അറിയുന്നവരാണ് തത്വദർശികൾ എന്ന് ഭഗവാൻ പറഞ്ഞു അസത്തിന് ഭാവില്ല അതുകൊണ്ട് അസത്തിനോട് ചണ്ട കൂടേണ്ട ആവശ്യമേയില്ല മനസ്സ് മനസ്സിനോട് ശണ്ട കൂടി ആർക്കും ജയിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ബാലിയെ ഭഗവാൻ ഒളിഞ്ഞു നിന്നു കൊന്നത് ഈ ബാലി അസത്താണ് മനസ്സാണ് അത് സുഗ്രീവനാവുന്ന ജീവനെ ഒരുപാട് ദുഃഖിപ്പിച്ചു സുഗ്രീവനാവുന്ന ജീവനെ ഈ ബാലിയാവുന്ന മനസ്സ് ഒരുപാട് ദുഃഖിപ്പിച്ചു പോകുന്നിടത്തൊക്കെ വെരട്ടി വെരട്ടി വിഷമിപ്പിക്കും എന്നാ ബാലിയെ നേരിട്ട് നിന്ന് ആർക്കും കൊല്ലാൻ പറ്റില്ല ഈശ്വര ദർശനം ഉണ്ടാവുമ്പോഴേ ബാലി ചാവുള്ളൂ ഈ മനസ്സ് എപ്പ ചാവും ഈശ്വര ദർശനം ഉണ്ടാവുമ്പോൾ ആത്മസാക്ഷാത്കാരം ഉണ്ടാവുമ്പോ പക്ഷെ അതുവരെ ഇയാളെ എങ്ങനെയെങ്കിലും ഇയാളിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ അതിനെന്താ വഴി ഇപ്പൊ ബാലി ഉപദ്രവിക്കാത്തൊരു സ്ഥാനമാണ് ഋഷ്യമുഖാചലം ഹനുമാന്റെ സമ്പർക്കം ഋഷ്യമൂഖാചലം വെച്ചാൽ ഋഷികളുടെ വാണി സത്സംഗം നടക്കുന്ന സ്ഥലം നടത്തും അവിടെ മാത്രമേ അയാൾ വരില്ല അവിടെ ഭാഗവതോത്തമനായ ഹനുമാന്റെ സമ്പർക്കത്തിൽ ഇരുന്നു പക്ഷെ അത് ശാശ്വതമായ പരിഹാരമല്ല ഈശ്വര ദർശനം വരെ അവിടെ ഇരുന്ന് കഴിച്ചുകൂട്ടി പുറത്തുപോയാൽ ഇയാൾ പിടിക്കും നമ്മളെ സത്സംഗത്തുനിന്ന് പുറത്തു പോയാൽ നിൽക്കണ്ടാവും നമ്മളുടെ ബാലി ഓരോരുത്തർക്കും അവരവരുടേതായ അപ്പോയിന്റഡ് ബാലി ഉണ്ടാവും ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് അപ്പൊ സത്സംഗത്തിൽ ഇരിക്കുമ്പോ അയാൾ തൽക്കാലത്തേക്ക് മാറി നിൽക്കും സത്സംഗം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നാൽ അവസാനം ഈശ്വരനുമായിട്ട് സമ്പർക്കം ഏർപ്പെടും ഈശ്വരൻ എന്തു ചെയ്യും ഈ മനസ്സിനെ മറിഞ്ഞുനിന്ന് കൊല്ലും മറഞ്ഞുനിന്നേ കൊല്ലാൻ പറ്റുള്ളൂ അതിനെ നേരിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അത് അസത്താണേ നേരിട്ട് നിന്നത് മറഞ്ഞുപോകും നേരിട്ട് വന്നാൽ അത് ഉണ്ടാവില്ല മനസ്സെവിടെന്ന് അന്വേഷിച്ചാൽ മനസ്സില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ മാനസം തുകയും മാർഗണയ കൃത്യം നൈവമാനസം മാർഗ ആർജവാ മനസ്സ് വിഷമിക്കണം വിഷമിക്കണമെവിടെ അന്വേഷിച്ച മനസ്സ് കാണാനില്ല അപ്പൊ അന്വേഷിക്കാൻ പോയാൽ പിടിക്കിട്ടില്ല അപ്പൊ എന്ത് വേണം ജാഗ്രതയോടെയും ഇരിക്കണം അജാഗ്രതയോടെയും ഇരിക്കണം അജാഗ്രതയോടെ ഇരിക്കുമ്പോൾ വികാരം പൊന്തും പെട്ടെന്ന് ജാഗ്രതയോടെ വന്ന ആ വികാരത്തിന് ഇല്ലാതാക്കണം അതാർക്ക് വരണോ എന്ന് ചോദിച്ചു അപ്പോ മനസ്സ് അസത്താണ് അസത്തിന്റെ കൂട്ടുപിടിച്ചാൽ ശാശ്വതമായ സുഖമേ ഉണ്ടാവില്ല ശാന്തി ഉണ്ടാവില്ല അസത്തിനെ ഉപേക്ഷിക്കുക അതാണ് വഴി ഉപേക്ഷിക്കാന്ന് വെച്ചാലോ ഇഗ്നോറിട്ട് മഹർഷി ഒരിടത്ത് പറഞ്ഞു ഹൗ ടു ഡു എ വിത്ത് ദ മൈൻഡ് ി പറഞ്ഞ ഉത്തരം ഉപേക്ഷ മനസ്സിൽ വരുന്ന വികാരങ്ങൾ ഇമോഷൻസ് അതിന് നമ്മൾ ബലം കൊടുക്കാൻ പാടില്ല നമ്മൾ അതിന് ശ്രദ്ധിക്കുന്തോറും അതിന് ബലം കൊടുക്കും മാറി നിന്ന് കാണുക ശ്രദ്ധയെ മനസ്സിലിടരുത് ശ്രദ്ധയെ ആത്മാവിലിടുക ശ്രദ്ധിക്കുന്നവനിലേക്ക് തിരിക്കുക ആർക്കാണ് ഇത് വരുന്നത് എനിക്ക് ഈ ഞാൻ ആര് മഹാത്മാക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ അത്ഭുതമായവർ നമ്മളെ സഹായിക്കും ഈ കാര്യത്തിലൊക്കെ അണ്ണാമലൈ സ്വാമികൾ എന്ന് പറഞ്ഞു മഹർഷിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വാമി എനിക്ക് അദ്ദേഹത്തിനെ കുറച്ച് പരിചയമുണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു മഹർഷിയുടെ കൂടെ ഇരിക്കുമ്പോ ഒരു ദിവസം പ്രബലമായ എന്തോ ചീത്ത വികാരം മനസ്സിലുണ്ടായി അതിനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ പഠനുകൊണ്ടിരിക്കുമ്പോൾ മഹർഷി വരണത് നല്ല നട്ടുച്ച വെയിലാണ് മഹാത്മാക്കൾക്ക് അവർക്ക് കണ്ടാ അറിയില്ലേ നമ്മളുടെ കണ്ണ് കണ്ടാൽ അറിയാം ഉള്ളിൽ എന്തൊക്കെ പോണെന്നുള്ളത് ഇപ്പൊ ഇയാളെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ ഇദ്ദേഹത്തിന് ആശ്രമത്തിലെ പണി എന്താന്ന് വെച്ചാൽ കെട്ടിട നിർമ്മാണമൊക്കെയാണ് അദ്ദേഹം മേസണാണ് ഉടനെ മഹർഷി ഇയാളെ കണ്ടതും അടുത്തൊരു കല്ല് ആ കല്ലിന്റെ മേലെ അയാളെ നിൽക്കാൻ പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കെട്ടിടത്തിനെ കുറിച്ച് വർത്തമാനം പറഞ്ഞു അത്ര കാല് പൊള്ളി തല പൊള്ളി ചുട്ടിട്ടോ ആ അരമണിക്കൂർ നേരത്തെ ഈ വികാരം എവിടെ പോയിന്നേഞ്ഞില്ല ചൂടിന്റെ ഇടയിൽ ഈ വർത്തമാനം പറയണതിന്റെ ഇടയിൽ അറ്റൻഷനെ അതിൽ നിന്ന് തിരിച്ചു അത്രയേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തില്ല അതിനെ കുറ്റം പറയുകയോ ഇങ്ങനെയൊന്നും വരാൻ പാടില്ലെന്ന് പറഞ്ഞ ടെൻഷൻ വരുമ്പോയ്യോ ടെൻഷൻ വന്നുവല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചാൽ അധികമാവും ശ്രദ്ധയെ അതിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന് ബലം കൊടുക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധ അതിൽ നിന്ന് തിരിച്ചാൽ അതിന്റെ ബലം കുറയും അസത്തിന്റെ സ്വഭാവമേ അതാണ് അസത്തിന് സ്വയമേവ അസ്തിത്വമില്ല നമ്മൾ കൊടുക്കുന്ന അസ്തിത്വമാണ് ശരീരവും മനസും ഒക്കെ അതുപോലെയാണ് അതിനെ ശ്രദ്ധയെ ആത്മാവിൽ സത്തിൽ വെച്ച് അസത്തിനെ അത് ഉള്ളത്തോളം കാലം ഇരുന്നിട്ട് പോട്ടെ എന്ന് വിടുക അങ്ങനെ വിട്ടാൽ അത് തനിയെ നമ്മളെ വിട്ടുപോകും അതിലെത്ര കണ്ട് നമ്മളുടെ ശ്രദ്ധ പതിയുന്നു അത്ര കണ്ട് അത് ബലപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കും ഇതാണ് സീക്രട്ട് ശ്രദ്ധ സത്തിൽ ഈശ്വര ഭജനത്തിൽ ഇപ്പൊ ഞാൻ ആത്മവിചാരം നമുക്ക് പറഞ്ഞുവല്ലോ അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഭഗവത് ഭജനത്തിന് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കലും ശരീരത്തിനെ നിയന്ത്രിക്കലും ഒക്കെ ഭഗവാന് വിട്ടുകൊടുക്കുക ഭഗവാനെ അങ്ങ് എന്താ വേണമെങ്കിൽ ചെയ്തോളൂ ശരണാഗതി ഈ അസത്തുമായിട്ടുള്ള ഇടപാട് നമുക്ക് വേണ്ട സത്തായിട്ടുള്ള സർവേശ്വരനെ പിടിച്ചുകൊള്ളുക അസത്തിനെ ഭഗവാൻ അർപ്പിക്കുക അർപ്പിച്ചിട്ട് സ്വതന്ത്രമായിട്ടിരിക്കുക യാതൊരു ചുമതലയും നമുക്കില്ല ചുമതലയൊന്നും ഏറ്റെടുക്കരുത് അസത്തിനോട് ചണ്ട കൂടാൻ പോയാൽ നിഴലിനോട് ഗുസ്തി പിടിക്കണ പോലെയാണ് ജയിക്കുകയില്ല അത് തളരുകയില്ല കാരണം അതില്ലാത്തതാണ് അപ്പൊ ഉള്ള വസ്തുവായ സർവേശ്വരനെ ഗ്രഹിച്ചിട്ട് ഇല്ലാത്ത വസ്തുവായ ജനപദാർത്ഥങ്ങളെ സൗകര്യത്തിനനുസരിച്ച് കൈകാര്യം ചെയ്തോളാം ഇതാണ് തത്വദർശികളൊക്കെ ചെയ്തിട്ടുള്ളവർ അസത്തിനെ അവരുപേക്ഷിച്ചില്ല അസത്തിനെ സത്ത് എന്ന് ഗ്രഹിച്ചു ഇല്ല അസത്തിനെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചു പക്ഷെ ശ്രദ്ധയെ സദാ ഈശ്വരനിൽ വെച്ചുകൊണ്ടിരുന്നു ഇതറിഞ്ഞവർ തത്വദർശികൾ ഇന്നത്തെ പ്രഭാഷണം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലത് മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നാരായണത്വപ്രാന്തം പറഞ്ഞ പോലെ മനസ്സിലായില്ല മനസ്സിലായില്ല അന്ന് പറഞ്ഞു തോന്നുന്നു ഒരു നാല് ദിവസം മുമ്പ് അല്ലെയാ അരടത്തപുരാന്തം പറയൂ അത്രേ മനസ്സിലായില്ല മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി മനസ്സിലായി എന്താ പ്രാന്തരെയപ്പോ മനസ്സിലാവില്ല എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു അത്രേ അപ്പോ ഈ വസ്തുക്കൾ ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ഹൃദയത്തിലേക്കൊക്കെ എവിടെയോ പ്രവേശിച്ചിരിക്കും എവിടെയെങ്കിലും ഒരു കാലത്ത് ഉപയോഗപ്പെടും നമുക്ക് തന്നെ അറിയാതെ നമ്മളുടെ ബോധമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടും നമ്മൾ തന്നെ ആശ്ചര്യപ്പെടും ഈ അറിവൊക്കെ എനിക്ക് എവിടെ വന്നു എപ്പോഴോ ഉള്ളിൽ കയറിയതാണ് നമ്മുടെ അറിയാതെ കയറിയതാണ് പാലക്കാട് വിജ്ഞാന രമണീയത്തിൽ ആശ്രമത്തിൽ പതിമൂന്ന് വർഷമായിട്ട് പ്രഭാഷണം നടക്കുന്നുണ്ട് ശുദ്ധമായ വേദാന്ത വിഷയാണ് അപ്പൊ രണ്ടു കുട്ടികൾ എപ്പോഴും മുമ്പിൽ വന്ന് സുഖമായിട്ട് ഉറങ്ങും എപ്പോഴും വരും കുട്ടികൾ അവരുടെ അമ്മയുടെ മടി കിടന്ന് ഉറങ്ങും പക്ഷെ എന്നിട്ടും പലതും അവർ ഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് ഒരു ദിവസം അമ്മ എന്തിനോ ചീത്ത കുറഞ്ഞു കുട്ടിയെ ചീത്ത പറഞ്ഞപ്പോൾ അമ്മയെ പിടിച്ചു നിർത്തിയിട്ട് ഈ ചീത്ത പറയണ നീ ആരാണ് വെച്ചു ആ നീ ആരാണെന്ന് നോക്കാതെയാണെങ്ങനെ ദേഷ്യപ്പെടുന്നത് അപ്പോ നമ്മളെ അറിയാതെ എവിടെയോ കിടക്കും അത് കിടക്കോടെ എപ്പോഴെങ്കിലും ഒക്കെ ഉപയോഗപ്പെടും അങ്ങനെ ഏറ്റവും പ്രധാനമായ ശ്ലോകം ഈ ശ്ലോകത്തിന് നല്ലവണ്ണം മനനം ചെയ്താൽ തന്നെ നമുക്ക് തത്വദാർഢ്യം ഉണ്ടാവും ഞാൻ വേറെ അസത്ത് വേറെ ശരീരം വേറെ ഞാൻ വേറെ ഞാൻ എന്നുള്ളത് സത്ത് ചൈതന്യം സത്ത് ചിത്ത് ആനന്ദം അതാണ് സച്ചിതാനന്ദം എന്ന് പറയുന്നത് സത്ത് എന്ന് വെച്ച ഉണ്മ എന്നർത്ഥം ഉള്ള വസ്തു ഉള്ള വസ്തു ഞാൻ എന്നുള്ളത് മാത്രം നമുക്ക് അനുഭവമുള്ളത് അത് മാത്രം ബാക്കിയുള്ളതൊന്നും അനുഭവമല്ല പ്രതീതി ഇന്ദ്രിയവേദ്യം ഇന്ദ്രിയങ്ങൾ കൊണ്ടേ ഞാനല്ലാത്തതിനൊക്കെ അറിയാൻ പറ്റുള്ളൂ ഞാൻ ഉണ്ടോ അറിയാൻ എനിക്ക് ഇന്ദ്രിയങ്ങളോ മനസ്സോ ഒന്നും വേണ്ട ഞാനുള്ളതുകൊണ്ട് മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ പ്രവർത്തിക്കണു ഞാൻ അതിനൊന്നും ആശ്രയിച്ചിരിക്കുന്നില്ല സ്വതന്ത്രമായ അവയർനെസ് എനിക്കുണ്ട് ഞാൻ ഉണ്ടെന്നുള്ളത് അത് ബോധം അത് ആത്മ ശ്രദ്ധയെ അതിൽ പതിപ്പിക്കുക ഇതാണ് ഉത്തമധ്യാനം ധ്യാനത്തിൻ്റെയൊക്കെ സ്വരൂപം അതാണ് ഞാൻ എന്താണ് ഞാൻ ആരാണ് ഈ ഒരു ശ്ലോകത്തോടെ നമ്മൾ ഇന്ന് നടത്താം ളെ കുറേ ശ്ലോകങ്ങൾ ബേസിക് ഫൗണ്ടേഷൻ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ കുറച്ചധികം പറഞ്ഞു പോയാൽ കുഴപ്പമില്ല ആദ്യത്തെ കുറച്ച് ദിവസം ഫൗണ്ടേഷൻ അടിത്തറ ഭാഗം